ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സമ്മതങ്ങളായി സമയം എന്നു നിശ്ചയമത്രയല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട മറ്റേ താരങ്ങളായി അനിത്യങ്ങളായി അത്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർദ്ധപുത്രം ഇത്ര കടത്താദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ദുരിതമർജിച്ച് പോവുകയല്ലോ ചെയ്യുന്നത് അത് ഈ മനുഷ്യർക്ക് അത്ര ഘട്ടം മനുഷ്യജന്മം എഴുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാലതൊക്കെ വരുമ്പോളാം തുല്യങ്ങളായിരുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തിലേക്ക് പോയി എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചി കളയാതേ കണ്ട ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗിരി വരുത്തി കൊടുവാനായിക്കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ രാമചന്ദ്രൻമാരെ ഭവാന്മാർക്ക് പല പ്രകാരനെയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ ആധ്യാത്മികങ്ങളായും അതിഭൗതികങ്ങളായും അതിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായ സങ്കടങ്ങളെ ആ സകലം തന്നെ യഥാവലേ ദൂരത്തുങ്കൽ കടങ്ങ് യുഹലോകത്തുങ്കൽ സൗഖ്യത്തെയും പരലോകത്തുങ്കളേക്ക് സയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയുതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത് എന്നിരിക്കുന്ന രക്ഷയിങ്കൽ ആരിയുടെ രക്ഷിതാവ് എന്നല്ലേ രാമചന്ദ്ര രാമചന്ദ്രൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ രാമചന്ദ്രനോ എന്തിനാകുന്നത് ഇത്തരോടെ സംശയിക്കുന്നത് രഘുപുലാലഭൂതനായി ദശരഥപുത്രനായി പക്കവത്സരനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഭഗവാൻമാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയത് കൊള്ളാം നല്ല ശിക്ഷാ ഇത്ര രക്ഷാ സാമർഥ്യം ഉണ്ടായിട്ട് തന്നിരുപടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ വാസനക്ക് <laughs> ശക്തിയ പറഞ്ഞു മൃതനായ ജഡായുവിന്റെ ഗന്ധർവന് ശാപമോ കൊടുത്ത് പമ്പാനദി അതിക്രമിച്ച് മല്യവൻ പർവ്വതത്തിന്റെ താഴ്വര പ്രദേശത്വങ്ങൾ സീതാദേവിയെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന സമയത്വങ്ങൾ സുഗ്രീവന്റെ നിയോഗം ഹേതുവായിട്ട് ായ ഹനുമാന്റെ വാക്ക് ഹേതുവായിട്ട് സമീപത്തെ പ്രാപിച്ച സമയത്തുങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹീഭൂതം ചെയ്തു തരം സമൂൽ ീവന്മാർക്ക് സഖ്യം ഭവിച്ചു ആ ഭഗവാൻ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും തമ്മില് സഖ്യം ചെയ്യൂ ആ ഹനുമാന്റെ വാക്ക് ആയിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവന്റെ സമീപത്തു നിന്നു സുഗ്രീവൻ അനവധികാരമായി ബാലിയെ ഭയപ്പെട്ടും കൊണ്ട് മാലിവാ പർവതത്തിന്റെ ഉപരിഭാഗത്ത് നിങ്ങൾ വത്തിക്കുന്നു അങ്ങനെ ഹനുമാനും അതുപോലെ തന്നെ ഒരു നാലഞ്ചുവാനരന്മാരുമാണ് സഹായികളായിട്ടുള്ളത് അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു ആരും ലോകത്തെങ്കില് തന്നെ സഹായിക്കാനായിട്ടല്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കണ അവസരത്തെങ്കിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കാണാനായിട്ട് സാധിച്ചത് ആരാണെന്ന് മനസ്സിലായില്ല ഏതോ മഹാന്മാരായിട്ടുള്ള ആളുകളാണ് അത് യോഗ്യന്മാര് ഇന്തിനം മനസ്സിലായി ഹനുമാനെ പണയച്ച് പരമാർത്ഥം അറിഞ്ഞു ഹനുമാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സമീപത്തിൽ ചെന്ന് സുഗ്രീവന്റെ വൃത്താന്തം ഒക്കെ അറിയിച്ച് സുഗ്രീവനെ സമീപത്തെങ്കിലേക്ക് വന്നുവല്ലോ അങ്ങനെ സുഗ്രീവൻ ഭഗവാന്റെ സമീപത്തെങ്കിൽ വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ആ നമസ്കരിച്ച സമയത്തെങ്കിൽ ഭഗവാൻ സുഗ്രീവനെ ഭംഗിയായിട്ട് അതിന്റെ ശേഷം സഖ്യ എന്നുറപ്പിച്ചുകൊണ്ടാണ് വന്നത് ഹലേ സഖ്യാനായിട്ട് ചെയ്തു എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ ഇങ്ങോട്ട് താമസിക്കണ്ടെന്താ വേണ്ടത് ഏത് കാര്യമൊക്കെ ചെയ്യുമ്പോഴും അതിന് മംഗളമായിട്ട് ചെയ്യണല്ലോ അതിന് അഗ്നി സാക്ഷിയായിട്ട് വേണം ചെയ്യാനായിട്ട് അതുകൊണ്ട് അഗ്നി വർദ്ധിപ്പിക്കൂ എന്ന് പറഞ്ഞതനുസരിച്ച് ഹനുമാൻ അവിടെയുള്ള വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വീട്ടിക്കൊണ്ടുവന്ന അഗ്നി ഉണ്ടാക്കിയതിന്റെ ശേഷം അവിടെ വെച്ചും കൊണ്ട് രാമസുഗ്രീവയോ രാമസുഗ്രീവന്മാരായി അവര് അവരുടെ സഖ്യം സമകുൽ എങ്ങനെ അഗ്നി സാക്ഷിക അഗ്നിസാക്ഷിയായിട്ട് അഗ്നി സാക്ഷിയായിട്ട് ഏത് കാര്യമാണെങ്കിലും അഗ്നിസാക്ഷിയായിട്ട് വേണം ചെയ്യാനായിട്ട് അഗ്നിയാണ് ഇന്ത്യൻ്റെ അടിസ്ഥാനമായിട്ട് ദേവതയാണ് അപ്പോ അഗ്നിയെ പുരസ്കരിച്ചുകൊണ്ട് ഏത് നല്ല കാര്യവും ചെയ്യണം അതാണ് അഗ്നിസാക്ഷി അഗ്നിസാക്ഷിയായിട്ട് സഖ്യം സംഭവിച്ചു അത് എന്താണ് സഖ്യത്തിലെ വിഷയം സഖ്യം ചെയ്യുമ്പോൾ അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ ആ വിഷയം എന്താണെങ്കിൽ ബാലി വധോ സീതാപ്രത്യർപ്പണാത്മകം സഖ്യം ഇതാണ് സഖ്യത്തിലെ വിഷയം എന്ത് ബാലിപധോത്ഘാതവും സീതാപ്രത്യർപ്പണാത്മകമായിട്ടുള്ളത് ബാലിപഥം ആകുന്ന വിഷയം ബാലിയെ നിഗ്രഹിക്കുക എന്നുള്ള കാര്യം പിന്നോ പിന്നെ പിന്നദേ സീതാവൃത്തിയേർപ്പണാലോ സീതയെ കൊണ്ടുവല്ല ഈ രണ്ട് വിഷയാണ് സഖ്യം ചെയ്തത് ഇങ്ങനെയുള്ള സഖ്യം സമഭു രണ്ടുപേരും സഖ്യം ചെയ്തു അവിടെ വച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും രണ്ടാറും സഖ്യം ചെയ്തു എന്നാല് സഖ്യം ചെയ്യുമ്പോ അന്യോന്യം പറയട്ടെ എന്നാണെങ്കിൽ അവിടെ വച്ച് സഖ്യം ചെയ്തും കൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അധദ ശരോ മിത്രം നിസ്തൂലി ബാലിനം പഹലിത് ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലോ അതുകൊണ്ട് ഒരു കാര്യം എന്താണ് അതാ ദശരഥപുത്ര മിത്രപുത്രം ദശരഥപുത്രൻ മിത്രപുത്രനോട് ദശരഥന്റെ പുത്രനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അദ്ദേഹം ആദിത്യ പുത്രനായിട്ടുള്ള ആള് ഇങ്ങനെ പറഞ്ഞു എന്താ രണ്ടാളും തമ്മിലൊരു ബന്ധം എന്താ ബന്ധം തന്നെ സൂര്യന്റെ പുത്രനാണ് സുഗ്രീവൻ മറ്റേതോ ദശരഥ മഹാരാജാവിന്റെ പുത്രൻ എന്താ ബന്ധം തന്നെ സൂര്യവംശ രാജാക്കന്മാരാണ് തന്നെ എല്ലാവരും അതെ അപ്പോ സൂര്യരംഗം നിന്നാണ് ഉത്പത്തി ഇവരോ സൂര്യന്റെ പുത്രമാണ് മിത്രപുത്രം അപ്പൊ ബന്ധമുണ്ടല്ലോ അതെ അതാണ് ദശരഥപുത്രൻ എന്ന് പറയാൻ കാരണം ദശരഥന്റെ പുത്രൻ ആ വൈഭവപുത്രം ആദിത്യ പുത്രൻ ബാഷേ അദ്ദേഹത്തോട് ഇങ്ങനെ ഭക്ഷിച്ചു എന്താണ് സുഗ്രീവാൻ യാതൊരു ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നു ആരായിക്കോട്ടെ ആകൃതാഹ എന്താണെന്നാൽ ചെയ്യുവയ്യാതെ കണ്ടുള്ള ദ്രോഹാണ് ചെയ്യുന്നത് അല്ലേ സുഗ്രീവൻ എന്ത് തന്നെ അപരാധം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യോ ഇതാണ് അത്രമാത്രം ദ്രോഹാണ് എന്നുവെച്ചാൽ രാജ്യത്തിന്റെ അടിച്ചോടിച്ചു സുഗ്രീവൻ അവകാശപ്പെട്ടതായിട്ടുള്ള എന്തെല്ലാം തരത്തിലുള്ള രാജ്യസുഖങ്ങളാണോ അതിനെ എല്ലാം നിഷേധിച്ചുകൊണ്ട് അങ്ങനെയാണ് കഴിയണത് എത്ര കാലായി അനവധികാലായില്ലേ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കണക്കില്ലേ അവരാധം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് എന്തായാലും കണ്ടില്ല അനവധികാരം ഈ രാജ്യത്തിന് നമ്മ അടിച്ചോടിച്ച് ഒരു പർവ്വതത്തിന്റെ ഒരു ഭാഗത്തേക്കും കാറ്റും വെയിലും മഞ്ഞും മഴയും സഹിച്ച് ഏത് സമയവും ഭയപ്പെട്ടുകൊണ്ട് കഴിയേണ്ട അവസ്ഥയല്ലേ വന്നത് അതാണ് നികൃതിയും അത്ര ദ്രോഹം ചിരകണു ആര് തന്നെ ആയിക്കോട്ടെ എന്തെല്ലാം മഹത്വം ഉണ്ടായിട്ടുള്ള ആളായിക്കോട്ടതാണ് ആള് ആരായിക്കോട്ടെ നികൃതിമാകൃതായ ഒരു തുല്യമില്ലാതെ ഇതിന് സമാനമായിട്ട് ഒന്നില്ല ഒരാളും തന്നെ ലോകത്തില് ഇങ്ങനെയുള്ള ദ്രോഹം അനുഭവിച്ചിട്ടില്ലാ എന്താ യുവരാജാവായിട്ടുള്ള ആളാണ് ബാല്യെ അത്രമാത്രം വിശ്വാസത്തോടുകൂടി ബഹുമാനത്തോടുകൂടി കഴിഞ്ഞുകൂടിയിട്ടുള്ള ആളല്ലേ എന്നാണ് പറഞ്ഞാൽ അതേപോലെ കണക്കാക്കിയിട്ടുള്ള ആളെങ്കിലേ അല്ലേ അങ്ങനെയുള്ള സുഗ്രീവനെ അല്ലേ ഇങ്ങനെ ദ്രോഹിച്ചിരുന്നത് നിസ്തൂല ഇതിന് സമാനായിട്ടൊന്നും പറയല്ല എന്നാ അല്ലേ എന്താണ് ചെയ്യാൻ കാരണം എന്നല്ലേ അസ്ഥശങ്ക അസ്ഥശങ്കനായിട്ട് ഒരു ഭയവും ചെയ്യാം ആരേം ഭയം ചെയ്യാന്ന് ആരെങ്കിലും ഒരാളെ ഭയണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ ആരെങ്കിലും ചോദിക്കാണ്ട് എന്താണ് ചെയ്യണത് ഇത് ചോദിക്കാൻ ലോകത്തിൽ ആരുമില്ല തന്നോട് എതിർക്കാനായിട്ട് ആരുമില്ല എന്ന് വന്നാലാണ് ഈ കൊള്ളരായ്മഘടന കേടയത് ഏത് കാര്യത്തിനും ഒരാളെ എതിർക്കാണ്ടാവണം ഇത് ചെയ്യണത് നേരെ അവണ്ണാണോ ഇങ്ങനെയാണോ ചെയ്യണത് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണോ ഇത് ചോദിക്കാൻ ആളുണ്ടാവണം അങ്ങനെയുള്ള ദിക്കല് ഏത് കാര്യവും ഭംഗിയാവുള്ളൂ ഓ ആരും ചോദിക്കില്ല എന്നോടാരെ ചോദിക്കാ പോ ഞാൻ കാട്ടണത് എല്ലാവരും സഹിച്ചോളണം എന്നൊരവസ്ഥ വന്നാൽ ഏത് സ്ഥലത്തായാലും ഇങ്ങനെയുള്ള കൊള്ളരുതായ മകളാണ് ഉണ്ടാവുക പരദ്രോഹം അല്ലേ അതാണ് അസ്തങ്ക ഒരു ഭയം ഇല്ല ഈ ത്രൈലോക്യത്തിൽ ആരും തന്നെ തന്നോട് ചോദിക്കില്ല എന്നുള്ള ധൈര്യം കൊണ്ടല്ലേ സുഗ്രീവാ ഇങ്ങനെ ചെയ്തത് അല്ലേ അതുകൊണ്ട് ഒരു കാര്യം അങ്ങനെ അനവധികാലം സുഗ്രീവനെ ദ്രോഹിച്ചിട്ടുള്ള ആളല്ലേ ആള് ആരായിക്കോട്ടെ സമരമൂർധാവ് എന്നത് യുദ്ധമധ്യത്തിൽ വെച്ച് ആ ബാലിയിൽ യുദ്ധമധ്യത്തിൽ വെച്ച് നിഗ്രഹിക്കണം അതാണ് പതിപ്പിക്കണം അതാണ് പറയാൻ കാരണം അതാണ് സമരമൂർധിപ്പിക്കുന്നുണ്ട് പതിപ്പിക്കുന്നു അതോടുകൂടി അള്ള കഥ കഴിഞ്ഞിട്ട് നിഗ്രഹിക്കുകയല്ലേ ഈ വധശിക്ഷയല്ലേ അതൊക്കെ വേണോ എന്ത് ദ്രോഹം ചെയ്താലും ഒരാളെ ഒരു കഥ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നേ എന്നാണെങ്കിൽ ഇങ്ങനെയുള്ള ആളെ അങ്ങനെ ചെയ്യണം എത്ര കേമനായിക്കോട്ടെ എന്തെല്ലാം ഗുണങ്ങളുണ്ടായിക്കോട്ടെ ഇങ്ങനെ ധിക്കാരത്തോട് കൂടിയിട്ട് ചെയ്യണ എന്തു വേണം പാതയിത്വാ പതിപ്പിക്കണം യുദ്ധഭൂമിയിൽ വെച്ച് നിഗ്രഹിക്കണം ഞാൻ വിഗ്രഹിക്കുന്നുണ്ട് ഇവിടെയുള്ള വാനരന്മാരെന്നല്ല ഭൂമിയിങ്കലുള്ള എല്ലാ വാനരന്മാരും ഈ ഭൂമിയിങ്കലെ പല ഭാഗങ്ങളിലായിട്ട് വനരന്മാരുണ്ടല്ലോ സകല വാനരന്മാരുടെയും എല്ലാ കപിബലങ്ങളുടെയുംവർത്തിയാക്കി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുഗ്രീവ കുട്ടം തന്നെ പരിഭ്രമിക്കണ്ട ഞാൻ യുദ്ധമധ്യത്തിങ്ക സുഗ്രീവനെ വാനരചക്രവർത്തിയായി അഭിഷേകം ചെയ്യും ില്ല എന്നുണ്ടെങ്കിൽ സൂര്യവംശത്തിങ്കില് ദശരഥന്റെ പുത്രൻ രാമൻ അല്ല എന്റെ നാമധേയം സത്യം ചെയ്ത് ബാലിയെ വിഗ്രഹിച്ചു അങ്ങനെ ഭഗവാൻ ബാലയെ വിരഹിക്കാം കഴിഞ്ഞപ്പോ സുഗ്രീവനും കഴിഞ്ഞപ്പോഗ്രീവന ഒരാള് പറയാണ്ടായില്ലോ ഇതുവരെ ആയിട്ട് ആരാ കാര്യം പറയാനുള്ളത് ആരെയെങ്കിലും ഒരാളെ പറഞ്ഞോ ലോകവാസികൾക്കൊക്കെ അറിയാം താൻ ഇവിടെ അനവധി കാലമായിട്ട് ബാലിയെ പേടിച്ച് ക്ലേശം അനുഭവിച്ചു കൊണ്ട് കഴിയണോ ഒരാളെങ്കിലും ഇതിനൊരു പരിഹാരം ചെയ്യണം പുറപ്പെടോ ഒരാളും പുറപ്പെടില്ല ഇദ്ദേഹത്തെ പുറപ്പെട്ടത് എന്നിട്ട് സുഗ്രീവനം ഇങ്ങനെ പറയൂള്ളൂ എന്നാ വിചാരിച്ച് പ്രതിജ്ഞ ചെയ്തത് എന്തായാലും ഇദ്ദേഹം പ്രതിജ്ഞ ചെയ്താൽ ചെയ്തതെന്തോ അത് അതേപോലെ പാലിക്കും സാധാരണ പ്രതിജ്ഞ ചെയ്യണവർ പ്രതിജ്ഞ കഴിഞ്ഞാൽ അപ്പൊ തന്നെ മറക്കും അങ്ങനെ വല്ലതും അല്ലേ എത്രയാൾ എന്തെല്ലാം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അവരോട് ചോദിച്ചറിയാം എന്താ പ്രതിജ്ഞ ചെയ്ത് എന്നുള്ളത് നിശ്ചയു അങ്ങനല്ലേ അതിന് തന്നെയും ശ്രദ്ധ ഉറപ്പുണ്ട് എന്താ അതിന് കാരണംന്നാണെങ്കിൽ പതിനാല് സംവത്സരം വനവാസം നിർവഹിച്ചത് എന്തിനു വേണ്ടിട്ടാ ആർക്ക് വേണ്ടിട്ടാ അച്ഛന് വേണ്ടിട്ട് അച്ഛന്റെ പ്രതിജ്ഞ പരിപാലിക്കാനാ അല്ലേ അപ്പൊ അച്ഛന്റെ പ്രതിജ്ഞ പരിപാലിക്കാനായിട്ട് തൻ്റെ സർവ്വ സുഖങ്ങളും ഉപേക്ഷിച്ചു രാജ്യസുഖം ഉപേക്ഷിച്ചു കൊണ്ട് കാട്ടിന് വന്ന് കഴിഞ്ഞിട്ടുള്ള ആളാ അങ്ങനെയുള്ള ആൾക്ക് തൻ്റെ പ്രതിജ്ഞ പരിപാലിക്കാൻ വേണ്ടത് ഓ നല്ല ഉറപ്പുണ്ട് ഇത്രയാണ് കഴിഞ്ഞ പോ സുവൻ സന്ധാമോ ൈജിനോ ആഹൃത്യ പാവോ ബലിതലം ജീദേശി ചിവാഹ േ ഭൂനു കവിര സന്ധാവാൻ കവിയും ഭഗവാൻ പ്രതിജ്ഞ കഴിഞ്ഞപ്പോ സുഗ്രീവൻ ഉണ്ട് പ്രതിജ്ഞ എന്തായിരുന്നു പ്രതിജ്ഞ ചെയ്യണം നോയ്യാൻ കാരണം ചെയ്യാന്ന് പറഞ്ഞ പോരേ എന്നാണെങ്കിൽ പ്രതിജ്ഞ ചെയ്യണം സുഗ്രീവന് തോന്നി സന്താമിന് സന്ധാമോദനായി സന്ധ കൊണ്ട് ഇന്ധാനമായ മോദത്തോട് കൂടിയവനായി ആ സന്ധ്യ ഭഗവാൻ സന്ധ്യ കൊണ്ട് കഴിഞ്ഞപ്പോ വർദ്ധിച്ച സന്തോഷത്തോട് കൂടിയവനായിരുന്നു സുഗ്രീവനും വളരെ ഭഗവാനോട് കൂടി സഖ്യങ്ങൾ ചെയ്യ കഴിഞ്ഞപ്പോ തന്നെ വളരെ വളരെ സന്തോഷമായി പ്രതിജ്ഞയെ കൂടി കഴിഞ്ഞപ്പോ പറയല്ല അപ്പൊ തോന്നി ഒരു പ്രതിജ്ഞ ചെയ്യണമെന്ന് തോന്നി എന്നിട്ട് ആ സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തു എന്നാൽ ഭഗവാന് പ്രതിജ്ഞ ചെയ്യാൻ എൻ്റെ വൈഭവുണ്ട് തന്റെ അവസ്ഥ എന്താ താൻ വളരെ ദീനനായിട്ട് ഇവിടെ കിടക്കുക അല്ലേ തന്നെ കൊണ്ട് സാധ്യമാവോ ആലോചിച്ചിട്ട് വേണ്ടിയാ കൃതിജ്ഞ ചെയ്യാൻ ഒരാൾ ചെയ്യണ കണ്ടിട്ട് മറ്റേ ചെയ്യാൻ പുറപ്പെട്ടാൽ സാധ്യമാവോ സുഗ്രീവൻ ആലോചിക്കേണ്ടെന്നാണ് ആലോചിക്കേണ്ടായില്ല എന്താ കാരണം ഭഗവാന്റെ വാക്ക് സന്ധ്യ കൊണ്ട് കേട്ടപ്പോ വളരെ സന്തോഷമായിരുന്നു എന്താ കാരണം തന്റെ വൈഭവം കൊണ്ടല്ല ഭഗവാന്റെ വൈഭവം കൊണ്ട് തനിക്കത് സാധിക്കും അവനവന്റെ തനിക്കൊന്നിനും പ്രാപുതി ഇല്ലാത്ത ആളാണ് ഒന്നിനും കഴിവില്ല അല്ല ഭഗവാനെ എന്റെ ആശ്രയിച്ചേക്കണത് അപ്പോ അദ്ദേഹത്തിന്റെ വൈഭവം കൊണ്ട് ഏത് കാര്യം സാധ്യമാകും അതിന്റെ അപ്പോ ആ വിശ്വാസത്തോടുകൂടി പ്രതിജ്ഞ ചെയ്തു ഭഗവാനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു എന്താണെന്നാണെങ്കിൽ സ്വാമി ഒരു അടിയന്റെ മനസ്സിലുള്ളത് അവിടത്തോടെ അറിയിക്കുന്നു എന്താ എങ്കിൽ അല്ലേ ദീനൈകബന്ധുവായി ആള് ദീനന്മാർക്ക് ഏക ബന്ധുവായിട്ടുള്ള ആളാണ് ദീനന്മാര് പരവശന്മാരായിട്ടുള്ള ആളുകള് ആശ്രയമില്ലാതെ കണ്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഏക ബന്ധുവാണ് മുഖ്യ ബന്ധുവായിട്ടുള്ള ആള് അങ്ങ് തന്നെയാണ് ബന്ധു ലേ സ്വാമി അടിയന്റെ മനസ്സിൽ എന്താന്നാണെങ്കിൽ പാപനായിട്ടുള്ള ആള് പാപിയായിട്ടുള്ളവൻ ആരായിക്കോട്ടെ ആ രാക്ഷചക്രവർത്തി രാവണൻ മഹായോഗ്യനായിട്ടുള്ള ആളല്ലേ രാവണൻ എന്തല്ല യോഗ്യത അദ്ദേഹത്തിനുള്ളത് െ എന്താ ത്രീലോക്യം മുഴുവൻ ജയിച്ചേക്കണു രാവണൻ ജയിക്കാത്ത അതില്ല രാവണെന്ന് കേട്ട ആരായാലും ഭയപ്പെടും അങ്ങനെ ഉള്ളവനാണ് അങ്ങനെയാണെങ്കിലും വേണ്ടില്ല സ്വാമി പാപിയായിട്ടുള്ളവനാണ് എന്താ അതിനെ കാണാന്നാണെങ്കിൽ ദേവീ മാഹൃത്യാഹ അവിടുത്തെ പ്രിയതമയെ അവഹരിച്ചു കൊണ്ടുപോയിക്കുന്നു ഇതിന് വലിയ മഹാഭാവോ മറ്റൊരുത്തിന്റെ പത്നിയെ അപഹരിക്കാന്നുള്ളത് അതും വിശേഷണ്ട് അവിടുത്തെ പത്നി അതാണ് ദേവി ദേവിയാണ് പരുവടയായിട്ടുള്ളവള് അവിടുത്തെ പത്നി ആ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയിട്ട് ആരാ അപഹരിച്ചേക്കണത് ആരാ രാജാവുമായിട്ടുള്ള ആളല്ലേ രാക്ഷസ രാജാവു ആണ് അങ്ങനെ രാജാവു ആളാണ് അധർമ്മം പ്രവർത്തിച്ചേക്കണത് ഭരിക്കേണ്ട ആളാണ് ആരെങ്കിലും അധർമ്മം കാട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ട ആളാ അങ്ങനെയുള്ള ആള് തന്നെ ഇങ്ങനെ കൊള്ളരതായ്മ കാട്ടിയാലോ പിന്നെ രാജ്യത്തെങ്കിലും എവിടെയെങ്കിലും ധർമ്മം ഉണ്ടാവൂ എന്താ വേണ്ടത് ഭരിക്കണ ആളാട്ടെ ആര് തന്നെ വേണ്ടില്ല ആ ആളാണ് ധർമ്മമാർഗത്തി കൂടെ സഞ്ചരിക്കേണ്ടത് ഞാൻ വേണം അങ്ങനെ വന്നാലേ മറ്റുള്ളവരെ ശ്വാസിക്കാൻ നിർത്തിയുള്ളൂ എന്താ അങ്ങനെ കാട്ടിയത് ചോദിച്ചാൽ അങ്ങ് കാട്ടണതോ ചോദിച്ചിട്ട് ഏ എന്ത് കൊള്ളാട്ട് വന്നാൽ മറ്റൊരു പത്നി അല്ലേ അങ്ങനെ വന്നാൽ ആർക്കും ആയുടെ പത്നി അപഹരിച്ചു വല്ല ഭക്ഷണമുണ്ടോ ചെന്ന് പെല്ലായിട്ട് പിടിച്ചു കൊണ്ടുപോകാം ഏഹ് എന്താ കാട്ടിയെന്നാരെങ്കിലും ചോദിക്കൂ ഓ എന്താ കാരണം ഈ ഭരണാധികാരികൾ രാജാക്കന്മാരെ എന്ന ചെയ്തല്ലേ അതാണ് പാപിയാണ് പറയാനുള്ള കാരണം അല്ലേ അങ്ങനെയുള്ള അവൻ ദേവിയ അപഹരിച്ചു കൊണ്ടുപോയിക്കുണു എവിടക്കാ കൊണ്ടുപോയെന്നില്ല കൊണ്ടുപോയി എന്നുള്ളത് അല്ലോ എട്വീ മാതി ബലി നിലയം ബലിനിലയത്തിലേക്ക് പോയി ഉണ്ടാവും പാതാളം പാതാളത്തിലേക്ക് പോയിട്ടുണ്ടോ പാതാളം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാം കൂടി അതിൽ പാതാളം എന്ന് പറയാ അല്ലേ സുതലം വി തരം തുടങ്ങിയിട്ടുണ്ട് കുറെ ഉണ്ട് ഏതോ ദിക്കു കൊണ്ടുവച്ചിട്ടുണ്ടാവാം പാതാളം പാളം എന്ന് പറഞ്ഞാൽ അപ്പോ അതാണ് ബരിതലയെ മഹാബലി സുതലത്തിങ്ക താമസിക്കണോ അപ്പോൾ എല്ലാം ബരിതലയായിട്ടാ കണക്കാക്കുക അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദിക്കില് കൊണ്ടുവച്ചുണ്ടോ എന്ന് ശരിയാ കാരണം രാവണൻ എല്ലാ സ്വാധീന പിന്നെന്തെങ്കിലും കൊണ്ടുപോയി വയ്യ കാണാൻ മറ്റുള്ളവരറിയാണ്ടിരിക്കാൻ അവിടെ പാതാളത്തിൽ കൊണ്ടുപോയി എന്നാൽ അങ്കണാശി ആവില്ലല്ലോ പാതാളത്തിലേക്ക് കൊതായാ ശരി അങ്ങനെ പാതാളത്തിൽ അങ്ങനെ കൊണ്ടുവച്ചുണ്ടോ നിശ്ചയില്ല ഇനി അവിടെ ആയിക്കൊള്ളന്നില്ല പിന്നെയോ ദേവാലയം വ ദേവാലയം സ്വർഗം സ്വർഗത്തി കൊണ്ട ഇവർക്ക് ഇല്ലാ സ്ഥലവും ഒരുപോലെയാ അപ്പളേ അല്ലേ ഇങ്ങനെയുള്ള ദുർബുദ്ധികൾക്ക് ദേവാലയവും പാതാളായിട്ടും എല്ലാ മാറ്റവും എല്ലാം ഒരുപോലെയാണ് ഒരു മാറ്റവും ഇല്ലാതെ അപ്പോ ആ സ്വർഗത്തി കൊണ്ടാക്കിയാ ഇങ്ങനെ ദേവന്മാരെ അവിടെ ചെന്ന് കഴിഞ്ഞാ ഇവിടെ കൊടെപട ഇവിടെ എങ്ങോട്ട് കൊണ്ടിരുന്നത് എന്ന് എന്നെ തന്നെ പേടിച്ചിട്ടാ അല്ലേ ദേവന്മാരെ എന്നെ പേടിച്ചിട്ടല്ല ഇവിടെ ഇരിക്കണത് എന്നാർക്കും പോകാൻ പറയാൻ നിശ്ചയില്ലല്ലോ അടിച്ചോടിച്ചോടണം അങ്ങനെയാണ് അവസ്ഥയെ അപ്പോ എന്ത് കൊണ്ടുവച്ചാലും അവിടെ ഇരിക്കുക അനുപാതണ്ടായാ മതി എന്നാണ് അങ്ങനെയാണല്ലോ ദേവന്മാരല്ലേ ഇരുന്നോട്ടെ അങ്ങനെ ആവുമ്പോ എവിടെ കൊണ്ടു കൊണ്ടാംയം സ്വർഗത്തിങ്കിലാണ് കൊണ്ടുവച്ചെങ്കിലും ആയിക്കോട്ടെ ഇനി അതുമല്ല സ്വർഗ്ഗൂമിയിലല്ല പാതാളത്തിലും അല്ല സ്വർഗത്തിലുമല്ല പിന്നെയോ ശിയുടെ ഭാരത്തെ സമുദ്രത്തിന്റെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ അങ്ങനെയാവാ എന്താ വെച്ചാൽ അങ്ങനെയുണ്ട് സമുദ്രം കടന്നു പോയാളെ വിളിച്ചുകൊണ്ടിരാന് പറ്റുന്ന അങ്ങനെയാണല്ലോ അല്ലേ പാരം ഹരിരാശേ സമുദ്രത്തിന്റെ അക്കരയുള്ള ഏതെങ്കിലും ഒരു ദേശത്ത് കൊണ്ടുവന്നിരുത്തി നിശ്ചയിക്കില്ല എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ പിന്നെ സ്ഥലമൊന്നുമില്ല സ്വർഗത്തിലായാലും വേണ്ടില്ല പാതാളത്തിലായാലും വേണ്ടില്ല ഭൂമിയിലായാലും വേണ്ടില്ല സമുദ്രം കടന്ന വേറെ വല്ല ദേശങ്ങളിലായാലും എവിടെ ആയിക്കോട്ടെ പാരം അങ്ങനെയാണെങ്കിലും ദശമുഖ ആ രാവണൻ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവത്തിക്കോട്ടെ അങ്ങനെ ആണെങ്കിലും വേണ്ടില്ല അണിയൻ ദശം ജിത്വാ ആ രാവണനെ ജയിക്കും അവനെ പോയി ജയിക്കും എങ്ങനെ ജയിക്കാൻ സാധ്യമാവും രാവണൻ ഒരാളല്ല അനവധി ആളുകളാ സഹായികളായിട്ടുള്ളത് രാവണനെ പോലെ തന്നെ ബലവാന്മാരായിട്ടുള്ള അസംഖ്യനക്ഷതന്മാരാണുള്ളത് ഇവര് എല്ലാവരെയും ജയിച്ചേ രാവണന്റെ അടുക്കളക്ക് എത്താൻ പറ്റുള്ളൂ സാധ്യമാവും എന്നാണെങ്കിൽ സാധ്യവും എങ്ങനെയാൽ അങ്ങയുടെ പ്രസാദം ഹിസുവായിട്ട് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കില് ഇന്നത്തെ സാധ്യ എല്ലാം സത്യം അതുകൊണ്ട് ആ ദുർബുദ്ധി അസംഖ്യം സാഹചര്യോടു കൂടിയിട്ട് ലോകത്തിങ്കിൽ എവിടെങ്കിലും പോയി ധ്വസിച്ചെ ആ സ്ഥലം അടിയൻ അന്വേഷിച്ച് കണ്ടെത്തിവാ അവനെ ജയിക്കും ജയിച്ച പ്രത്യാഹരി ണ്ട് ആ ദേവിയെ കൊണ്ടെന്ന് അവിടുത്തെ കാക്കല് കൊണ്ടുവന്ന് വയ്ക്കും എവിടെ ഇവിടെ സംശയിക്കണ്ട സീതാദേവി ഈ ത്രൈലോക്യത്തിൽ ഏതെങ്കിലും ദിക്കിൽ അധിവസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവരെ എല്ലാവരെയും ജയിച്ച് പ്രത്യാഹരിഷ്യേന പ്രത്യാഹരിക്കണ്ട് അന്ന് ഇങ്ങനെ അറിയൻ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ സ്വാമി അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അടിയന് ചെയ്യ ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല എല്ലാം ചെയ്യാൻ സാധ്യമാവും അങ്ങനെ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അടിയൻ ആദിത്യന്റെ പുത്രൻ സുഗ്രീവൻ നല്ല അടിയന്ത നാമഥേയം അവിടുത്തെ ഭാഗങ്ങളാണ് സത്യം എന്ന് സുഗ്രീവൻ ചെയ്തു ഓ ദേവി എവിടെ അരി വേണ്ടില്ല അടിയം അവിടത്തെ അവിടുത്തെ സമീപത്ത് കൊണ്ടുവരും സുഗ്രീവനം ബാലിയെ അനുഗ്രഹിച്ചോളാം എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രനും രണ്ടുപേരും സമർപ്പിക്കുക ചെയ്തു അങ്ങനെ സന്ധി ചെയ്തു രണ്ടുപേരും കൂടി ഭഗവാൻ ശ്രീരാമചന്ദ്രനും സുഗ്രീപനൻ തമ്പുര അത്രേ കഴിഞ്ഞ ശേഷം താമസിക്കാതെ കണ്ട് കൃഷ്ണിന് വിങ്കലയ്ക്ക് പുറപ്പെടാം എന്ന് വിചാരിച്ചു കൊണ്ട് അങ്ങനെ ഇരിക്കണം അങ്ങനെ രീക്ഷണ സമയത്ത് കൽ താഹ തണ ബാലിവരഥയെ ദശഗ്രീവാഹുഗ്രീവശ്രീവൃമാണീതയാ അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രനായ കൊണ്ട് ഇതാഭരണേ പ്രദർശയാമാസാഹ ഏതാനും ചില ആഭരണങ്ങള് കൊടുക്കാണിച്ചു കൊടുത്തു പ്രദർശിപ്പിച്ചു ചില ആഭരണങ്ങള് അത് ഏതാണ് ഈ ഭഗവാനെ കൊണ്ട് കാണിക്കാൻ എന്താ കാരണം എന്നാണെങ്കിൽ ആ ഭഗവാന്റെ സിദ്ധി എന്താ പോ ബാല്യവധം പ്രതിജ്ഞം പ്രതിജ്ഞ ചെയ്തു ഇന്ന് തന്നെയല്ല ആ സമയത്ത് വളരെ വിശ്വാസായി വിശ്വസ്തനായിട്ട് തീർന്ന അങ്ങനെ പറഞ്ഞാ അവ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഗ്രീവനോടെ എന്നാണെങ്കിൽ ദശഗ്രീവ ഹ്രീയമാണ് സീതാപാതിതങ്ങളാണ് ദശഗ്രീവൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ സീത ഉപേക്ഷിച്ചതായിട്ടുള്ള ീവ എന്തെങ്ങനെയാണ് എന്നാണെങ്കിൽ ദശഗ്രീവനാണെന്നോ സീതയാണെന്നോ അതൊന്നും നിശ്ചയില്ല ഏ പഞ്ചവാനരന്മാര് കൊണ്ടുപോടുന്നതാണ് സുഗ്രീവനെ ആ പർവ്വതത്തിൽ അങ്ങനെ സുഖമായിട്ട് വിശ്വാസായിട്ട് സഞ്ചരിക്കാനുള്ള ധൈര്യമൊന്നുമില്ല അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് പഞ്ചവാനരന്മാർക്ക് കിട്ടി ഈ സീതയാണെങ്കിൽ രാവണൻ അപഹരിച്ചു കൊണ്ടുപോണ സമയത്തെങ്കില് തന്നെ രാവണൻ അവതരിച്ചു കൊണ്ടുപോയി ഇന്ന ദീറ്റിലേക്കാണ് കൊണ്ടുപോയത് എന്ന് അദ്ദേഹത്തിന് അറിയാനുള്ള മാർഗമല്ലല്ലോ എങ്ങനെയാവ് അദ്ദേഹം അറിയ എന്താ വേണ്ടേ എന്നാലോചിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് റിപ്പോർട്ട് നോക്കിയപ്പോ വാനരന്മാരെ കണ്ടങ്ങനെ ഇതൊരു കാര്യം ചെയ്യാറില്ല തനിക്കിനീ ആഭരണങ്ങളെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല ഒന്നും ആവശ്യമുള്ളതല്ല ആഭരണം തോന്നി ആ ആഭരണങ്ങളൊക്കെ കഴി കഴിച്ചെടുത്തു അത് കെട്ടി ഈ വാനരന്മാരിക്ക് സമീപത്തലയ്ക്ക് ആഭരണങ്ങൾ അത് പതിച്ചറിഞ്ഞു സീതാരി സീത അവിടെ പതിപ്പിക്കേണ്ടത് അവിടെക്കാടെ എറിഞ്ഞു ഈ വാനരന്മാരോട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒന്നും ഒന്ന് വീണു വീണപ്പോ എടുത്ത് നോക്കിയപ്പോഴാണ് മേക്കൂട്ട് നോക്കിയിട്ടുള്ള ആളുകൾ നിലവിൽ ഇതൊക്കെ കേൾക്കാനുണ്ട് രാവണനെ കാണാനും ഉണ്ട് രാവണനെ കണ്ടാൽ മനസ്സിലാവൂലോ മത്തു കലേക്കുള്ള ആളാ സാധാരണ ആളെ പോലെയല്ല എല്ലാവർക്കും എളുപ്പറിയാൻ പറ്റും രാവണനാന്ന് കൊരഞ്ഞന്മാർക്ക് മനസ്സിലായി ഏതായും സ്ത്രീകളെന്ന് മനസ്സിലായില്ല ഏതോ ഒരുത്തിയെ പിടിച്ചു കൊണ്ടുപോകണോന്ന് മനസ്സിലായുള്ളൂ എന്താ വെച്ചാൽ ഈ രാവണൻ അനവധി സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ആളാണ് സ്വർഗജീനൊക്കെ സ്വർഗസുന്ദരിമാരെ ഒക്കെ പലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട് അനവധി പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഏതാണവോ ഏതൊരുത്തി കൊണ്ടുപോകുന്നുണ്ട് ഈ ആഭരണങ്ങൾ കൊണ്ടുവന്ന പോയി ഇതിനുമ്പുണ്ടായില്ല ഇത് കൊണ്ടു വന്ന സുഗ്രീവന്റെ കൈ കൊണ്ടുപോകും സ്വാമി എങ്ങനെ ഒന്ന് കിട്ടുകണ്ടായി രാവണൻ അപഹരിച്ചു കൊണ്ടുപോ സ്ത്രീയെ കൊണ്ടുപോകും സുന്ദരിയായിട്ട് ഒരുത്തിയെ കൊണ്ടുപോകും അതും ഒന്ന് കണ്ടു അങ്ങനെയാണ് വളരെ അകലെയാണ് നോക്കിയപ്പോ അകലെ അങ്ങനെ കണ്ടു ഉറക്ക കരയണുണ്ട് ആഭരണം കൊണ്ടുപോവുക അതൊരിക്കലും അവിടെ വയ്ക്കുകയും ചെയ്തു എന്താ കാരണം സുഗ്രീവൻ അതിലൊന്നും വലിയ ശ്രദ്ധയില്ല എന്താ കാരണം തനിക്ക് അതിലും വലിയ ഭയമാണ് പേടിച്ചുകൊണ്ടായിരിക്കണത് ഭാര്യ എപ്പോഴാ വരാ എതിനെ വരാ എങ്ങനെ വരുക അവനവന്റെ പ്രാണഭയാണ് ആ പ്രാണഭയല്ലോ ഈ ആഭരണത്തിന് വലിയ ശ്രദ്ധയല്ലോ സുരക്ഷിതമായിട്ടിരിക്കുമ്പോഴാണ് ഈ ഇത് പേടിച്ചുകൊണ്ടായിരിക്കണത് അതൊരു ഭാഗത്ത് അവിടെ വെച്ചു ആ സമയ ീ സഖ്യം കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യ ഓർമ്മ ഒന്ന് രാവണം പിടിച്ചു കൊണ്ടുപോയി എന്നറിയേ സീതാദേവിയെ രാവണനാണ് പഹരിച്ചു കൊണ്ടുപോയത് അല്ലേ എന്നാൽ കുറെ ആഭരണങ്ങൾ ഇവിടെ കിട്ടുകയുണ്ടായിട്ടുണ്ട് ഇത് ഭഗവാനെ കൊണ്ടുവന്ന് കാണിക്കാം നിശ്ചയിച്ച് ആ പഞ്ചവാനരന്മാരുള്ളൂ ആ ആഭരണങ്ങൾ അവിടെ അമ്മ നിങ്ങളെ കൊണ്ടുവന്നു കാണിച്ചില്ല എവിടെയാണ്ടെന്നു അത് കൊണ്ടുവന്ന് ആ സുരീവൻ പ്രകടിശയാ ഭഗവാന്റെ മുമ്പിൽ വന്ന് സ്വാമി ഇങ്ങനെ ചിലത് കിട്ടിണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഭഗവാന്റെ മുമ്പിൽ കൊടുത്താൽ ഭഗവാൻ അത് മേടിച്ചു നോക്കി ആണ് ഇന്നതാന്ന് മനസ്സിലായത് സീ സീതയുടെ ആഭരണങ്ങളാണ് എന്ന് മനസ്സിലായി അത് ആ നോക്കിക്കൊണ്ട് കുറച്ച് നേരം വരുന്നു ആഭരണം കണ്ടുകൊണ്ട് കുറച്ചേരം കഴിഞ്ഞപ്പോ സീത ഹി ഈ ആഭരണങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു വരു ഏതായാലും ഒരു കാര്യം ഇല്ല വാനരന്മാർക്ക് ഇപ്പൊ തയ്യന്റെ ഗുണദോഷം ഒന്നും ഇല്ല ലക്ഷ്മണനെ ഒന്ന് കാണിക്കാം ഇതെന്നെയാണെന്ന് ഓർമ്മിക്കട്ടെ സീതയുടെ ആഭരണാണെന്ന് ഓർക്കട്ടെ ഇതേപോലത്തെ ആഭരണങ്ങൾ പലരുടെയും കയ്യിലുണ്ടാവും ആ കൂട്ടത്തിലാണോ ഇതേ സീതയുടെ ആഭരണം എന്നാണെനിക്ക് തോന്നണത് ിക്കണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ലക്ഷ്മണ നോടും പറഞ്ഞു പശ്യ ലക്ഷ്മണ വൈദേശ്യ സന്ധ്യകൃതം ഹൃദയമാണയാണ പശ്യ അല്ലേ ലക്ഷ്മണ വിടുന്നു ഇത് ആരുടെ ആഭരണാണ് വൈദേഷ്യ സീതയുടെ ആഭരണാണ് അല്ലേ സീതയുടെ ആഭരണം തന്നെയല്ലേ ഈ വനരന്മാർ കൊണ്ടു തന്നതാണ് രാവണൻ ഏതോ സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോ സീത ഉപേക്ഷിച്ചതാണ് എന്ന് പറഞ്ഞ് കൊണ്ടു തന്ന ആഭരണങ്ങളാണ് വൈദേഷ്യ സീതയുടെ ആഭരണം ഉപേക്ഷിച്ചിട്ടാണുള്ളതാണത് പക്ഷെ അപഹരിച്ചു കൊണ്ടുപോണ സമയത്തു ആ ഭരണങ്ങള് നോക്കൂ ലക്ഷ്മണ അങ്ങനെ തന്നെയല്ലേ നല്ലോണം നോക്കൂ പീതം ഉത്തരീയം ഇത് ധരിക്കണതായ ഉത്തരിയാണ് പീതവർണമായിട്ടുള്ളത് സീതയ്ക്ക് വളരെ പ്രിയമായിട്ടുള്ളതാണോ ശരിയും ആഭരണ അനീജാഭരണങ്ങളും സീതയുടെ ആഭരണങ്ങൾ എങ്ങനെയാണ് മംഗളങ്ങളായി മനോഹരങ്ങളായിട്ടുള്ള ആഭരണങ്ങള് സീതയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നോക്കൂ ലക്ഷ്മണ ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് നോക്കൂ സീതയുടെ തന്നെ അല്ലേ നോക്കൂ നല്ലോണം നോക്കൂ ലക്ഷ്മണ എന്ന് പറഞ്ഞ ലക്ഷ്മണനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കു കാണിച്ചു കൊടുക്കണ ഒന്നും ഇങ്ങനെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു സ്വാമി അടിയ നോക്കിട്ട് എന്താ വേണ്ടത് എന്താ എന്താ നിത്യം പാദാഭി വന്താൽ മനസ്സിലാവില്ല തോളുകളോ നിശ്ചയി ജി ധരിക്കണതായിട്ടുള്ളതായിട്ട് തോളുകളാണോ എന്ന് അടിയന് നിശ്ചയ അറിയില്ല ണോയുടെ ധരിക്കണുണ്ടോ നിശ്ചയ എന്താ ലക്ഷ്മണ അറിയാത്തത് ഏ പതിനാല് ഒന്നും ലക്ഷ്മണ കണ്ടിട്ടില്ലേ തോളുകളോ കുണ്ടലോ ഒന്നും കണ്ടിട്ടില്ലേ ഒന്നും കണ്ടിട്ടില്ല േ കണ്ടാ നൂപുരേതു അഭിജാനാമി നൂപുരം പാദങ്ങളിൽ ഹലകരിക്കണില്ലേ നൂപുരം ആ നൂപുരം ജ്യേഷ തന്നെയാണത് അടിയനറിയാം നല്ല പോലെ അറിയാം നൂരേതു അഭിജാനാമി ജ്യേഷ്ഠീടെ തന്നെയാണ് അതെങ്ങനെ അറിയണോ മറ്റൊന്നും അറിയില്ല ഇത് അറിയുകയും ചെയ്യാം എങ്ങനെ അറിയണോ എന്നാണ് നിത്യം പാദാഭിവന്ദനവും ഇന്നും ഒരു ദിവസം പോലും ഉറങ്ങാതെ കണ്ട് പാദാഭിവന്ത പാദാഭി വന്ദനം പാദങ്ങളിൽ നമസ്കരിക്കാറുണ്ട് പാദങ്ങളില് അപ്പോ ആ പാദങ്ങളിൽ കണ്ടറുണ്ട് പാദമല്ലാതെ കണ്ട് മറ്റൊന്നും അതാണ് പാദാഭി വന്തനൽ പാദാഭിബന്ധനം എന്ന ലക്ഷ്മണം പറഞ്ഞു എന്താ പാദമാത്രേ ലക്ഷ്മണം കണ്ടു ദേവിയുടെ ആകൃതി എന്നെ കണ്ടിട്ടില്ല നോക്കിയാലല്ലേ കുണ്ടലം കാണുള്ളൂ അല്ലേ രണ്ട് കയ്യുമ്പോ നോക്കിയാലല്ലേ തോളുകളെ കാണുള്ളൂ ശരീരത്തിലെ മറ്റൊരു ഭാഗത്തേക്കും ലക്ഷ്മണം നോക്ക് പതിവില്ല എന്താ കാണണം പതിവു പ്രതാരത്നമാണ് പാതി വൃത്തിയത്തിന് ഭംഗം വരാൻ പാടില്ല അതുകൊണ്ട് പിന്നെയോ ഗുരുത്വത്തിന് വേണ്ടിയിട്ടാണ് വാദാഭി വധനം രക്ഷത്തി അല്ലേ ഇതാണ് ലക്ഷ്മണ കേട്ടോ പോഗവാൻ കുറച്ചും കൂടി മനസ്സിൽ വിഷമം തോന്നി എന്താണ് കാരണം എന്നാണെങ്കിൽ ലക്ഷ്മണന്റെ മനസ്സിന്റെ ശുദ്ധത അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പരമശുദ്ധനായിട്ടുള്ള ആളാണ് തന്റെ കൂടെ ഉള്ളത് എന്ന് മനസ്സിൽ തോന്നി എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ അതങ്ങനെ ആലോചിച്ചു ഇനിയിപ്പ് എന്റെ എല്ലാ ആഭരണത്തിനും എനിക്ക് നോക്കിക്കൊണ്ടിരുന്നു ഭഗവാന് പ്രത്യർപ്പ രാമ പ്രത്യർപ്പം ഗവേന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കവി പൂങ്കവേന പ്രത്യർപ്പം കവിപുങ്കവൻ ീവൻ കൊണ്ടു കൊടുത്തതായിട്ട് ആഭരണങ്ങള് അതെങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു ലോസ് ആ നോക്കിക്കൊണ്ടിരുന്നു കൊറച്ചുനേരം കഴിഞ്ഞു അപ്പോ ആഭരണങ്ങള് പ്രക്ഷാളനം പ്രക്ഷാളനത്തെ ചെയ്തു പ്രക്ഷാളനം ചെയ്യാന്ന് പറഞ്ഞാൽ കഴുക ആഭരണം കഴുകേ പ്രക്ഷാളനം ജകാരാ പ്രക്ഷാളനത്തെ കഴുകാൻ കാരണം ഏ ോന്നി എന്താ എന്നാണ് ഈ കഴുകണം തോന്നിയത് ആഭരണങ്ങൾ അത് രാമസ്വകാന്താധൃത ഭൂഷണാനം കാന്താധൃത ഭൂഷണങ്ങളാണ് തന്റെ പ്രിയതമയായിട്ടുള്ള സീതാവി ദേവി ധരിക്കണതായിട്ട് ആഭരണങ്ങൾ അതിനോടൊരു പ്രത്യേകം തോന്നില്ലോ തന്റെ പ്രത്യേക പ്രിയതമയാണ് അത് അനവധി താരം ധരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആഭരണങ്ങളാണ് അതൊന്ന് ഭംഗിയാക്കണം െന്താ എന്താ സംസ്കാരെന്താണ്ടായി ആഭരണത്തിന്റെ ഭംഗി മുഴുവൻ പോയിരുന്നു എന്താ കാരണം അത് മുഴുവൻ പൊടി പിടിച്ചേക്കാ ഭംഗി ഇല്ലാണ്ടായി അതെന്താണ് കാരണം സംസ്കാര സംസ്കാരി അതിന് വേണ്ട ഒന്നും ീവൻ ആ ഗുഹയിലവിടെ ഒരു ഭാഗത്ത് ഇട്ടിരിക്കുന്നു വലിയ ശ്രദ്ധയൊന്നുമില്ല ആ ഗുഹയിലുള്ള കൊടി മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പഴയ കാലമായിട്ട് അതിന് വേണ്ടതായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ വന്നപ്പോ അപ്പോ ഭഗവാന് തോന്നി തന്റെ ആഭരണല്ലേ ഒന്ന് കഴുകി ഭംഗിയാക്കണം ആ ഇതേട്ടാ എന്ത് ചെയ്തു ആ ഭരണം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടേണ്ടാവും കേട്ടോ എവിടെയെ ജലാശയുള്ള നോക്കി ധാരാളം വെള്ളം വേണല്ലോ അവിടെ ചെന്ന ആ ജലാശയത്തിൽ ചെന്ന് നല്ലോണം കഴുകി ഭംഗിയായിട്ട് അല്ലേ അങ്ങനെയുള്ള പ്രക്ഷ പ്രക്ഷാളനം ചെയ്തു എന്നാ നല്ലപോലെ കഴുകിയാല്ലേ പ്രകരഷയെ പ്രക്ഷാളനം ചെയ്തു എന്നാ ഇപ്പൊ വെള്ളം ധാരാളമായിട്ട് വേണം നല്ല ശുദ്ധമുള്ള വെള്ളവും വേണം ഇവിടെ ചെന്ന് കഴുകുന്നുണ്ടോ േ അത്യാണു ഇരുന്നതിക്കിൽ ഇരുന്ന് പിന്നെ പറഞ്ഞിട്ടു വെള്ളം കൊണ്ടുവരാ ലക്ഷ്മണ ഒരു വെള്ളം കൊണ്ടുപോകും ലക്ഷ്മണൻ ധാരാളമായിട്ട് വെള്ളം കൊണ്ടുവന്നു അതോണ്ട് കഴുകി അങ്ങനല്ലേ അതും ഇല്ല വെള്ളം കൊണ്ടൊന്നുമില്ല വെള്ളം കൊണ്ടൊന്നുമില്ല വെള്ളമുള്ള കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ല പിന്നെങ്ങനെ കഴുകി പ്രക്ഷാളനം ബാഷ്പജലും കണ്ണുനീര് കൊണ്ടാണ് കണ്ണുനീര് കൊണ്ടു കഴുകിയെന്ന് വെച്ചാൽ ആ ആഭരണത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഭഗവാന്റെ രണ്ട് കണ്ണീന്നും ധാരമൊഴിയാതെ കിട്ടും കണ്ണുനീരി പോകുന്നു എന്നിട്ട് വീണത് ഈ ആഭരണത്തിനേക്ക് വീണതേ ആ സീതയെ സീതയെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വല്ലാണ്ട് ഇങ്ങോട്ട് വർദ്ധിച്ചു അങ്ങനെ വന്നപ്പോ കണ്ണുനീര് കണ്ണു കട്ടേ ഇനി ഇനെയാണല്ലോ സീതയുടെ അവസ്ഥ പോഭരണങ്ങൾ ഉപേക്ഷിച്ച് ആ രാവണൻ ദുർബുദ്ധി എവിടെയാണ് കൊണ്ടുപോയേക്കുന്നത് അവിടെ ചെന്ന് എന്താ കണ്ട് ദുഃഖവും അനുഭവിച്ചു കൊണ്ടുപോകാണല്ലോ കട്ടേ എന്ന് മനസ്സിൽ ചാരിച്ചപ്പോ കണ്ണുനീരി ഒഴുകിക്കൊണ്ടുപോയി എന്നാൽ അതുകൊണ്ട് കണ്ണുനീര വീണു എന്നല്ലേ വീണു എന്നല്ല പ്രക്ഷാളനാ നല്ലപോലെ കഴുകി മലിനമായിട്ടുള്ള ആഭരണങ്ങള് കഴുകി ഭഗിയാക്കാനായിട്ട് എത്ര നേരം എത്ര കണ്ണുനീര് പൊലിച്ചുകൊണ്ടിരിക്കുക അത്രയും കണ്ണുനീര് വരണമെങ്കിൽ ഭഗവാൻ എത്രമാത്രം ദുഃഖിച്ചിട്ട് തോന്നുന്നു എന്താണ് എന്താണ് പ്രക്ഷാളനം തീരുവെന്ന് പറയാൻ കാരണം ഭഗവാന്റെ എന്തെന്നില്ലാതെ ഇട്ടു ദുഃഖം ഇവിടെ വർദ്ധിച്ചു ഇത്രയും കുറച്ച് ഇതായിട്ട് ഈ ചിന്ത ഇല്ലാണ്ടിരിക്കുകയായിരുന്നു ഭഗവാനെ ചീതാദേവിയെ അന്വേഷിച്ചു കൊണ്ട് ഓരോ വൃക്ഷനദാദികളോടൊക്കെ ചോദിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് അരഞ്ഞുകൊണ്ടാണ് സഞ്ചരിച്ചിരുന്നത് ഓരോ പ്രദേശങ്ങളിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആ ദുഃഖത്തിനൊരു കുറച്ച് സമാധാനാവും അങ്ങനെ വന്നപ്പോ അമ്പാനദിയുടെ തീരത്ത് വന്നപ്പോ അവിടെ വന്നപ്പോ ഒന്നും കൂടി ദുഃഖം വർദ്ധിക്കുകയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പമ്പ കടന്ന അവിടെ അതിക്രമിച്ചതിന് ശേഷം ഇവിടെ സമാധാനായിട്ടാണ് കഴിഞ്ഞിരുന്നത് ലക്ഷ്മണന് കോപ്പുണ്ട് എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടായാൽ സമാധാനിപ്പിക്കാനുള്ള ആളാണ് ലക്ഷ്മണൻ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കട്ടെ ലക്ഷ്മണന്റെ എങ്കിലും ഓരോ തരത്തിൽ സമാധാനിപ്പിച്ചുകൊണ്ടാണ് വന്നത് ഇവിടെ ശേഷം സമാധാനായിട്ട് ഇരിക്കുന്നു അപ്പോഴാണ് ഈ ആഭരണങ്ങൾ ൊണ്ട് ദുഖിച്ചുകൊണ്ട് ആ കണ്ണുനീര് ഇങ്ങനെ ധാരമൊഴിയാതെ കൊണ്ട് ഒഴുകിക്കൊണ്ട് അത്രമാത്രം ദുഃഖിതനായിട്ട് കുറച്ചു നേരം അവിടെ ആ ഇരുപ്പ് ഭഗവാൻ ആകെ ഇങ്ങനെ വിമശനായി ആ ഇരുപ്പ് കണ്ടപ്പോ ലക്ഷ്മണനുണ്ട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കും അങ്ങനത്തെ അവതരല്ലല്ലോ എന്താ പ്രതിജ്ഞ ചെയ്തുണ്ട് ഭാര്യണ്ട് അത് നിർവഹിക്കേണ്ട അവസരല്ലേ അത് കൂടാതെ കണ്ട് ഇങ്ങനെ വിവശനായിട്ട് ഭംഗിയാണോ ആരെന്ന് പറയട്ടെ പോവും ലക്ഷ്മണൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് േ ഞാൻ ഉത്സാഹിക്കല്ലേ വേണ്ടത് ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് ഭംഗിയാണോ അങ്ങയെ പോലെയുള്ള ധീരനായിട്ടുള്ള സാധാരണ പ്രകൃതന്മാരായിട്ടുള്ള ആളുകൾ സാധാരണ ആളുകളെ പോലെയല്ലോ അതിധീരനായിട്ടുള്ള ആളല്ലേ സ്വാമി അരുതരുതരുത് ദുക്ഷിക്കരുത് എഴുതലും ഇവിടുന്ന് പോവാ ീവൻ മറ്റു സഹായികളായിട്ടുള്ള പാലകന്മാര് എല്ലാവരും ഉണ്ട് നമുക്ക് എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സീതാജാനു ൂഢം സീതൻ സീതാജനി സീതയുടെ ഭർത്താവായിട്ടുള്ളത് ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അതൊന്ന് പോവാനായിട്ട് അനുകന്മാരോട് കൂടിയിട്ടു അനുജനുണ്ട് സുഗീവനുണ്ട് ്രകൃതികളിലായ വനരന്മാരുണ്ട് എല്ലാവരോടും കൂടിട്ടേശിയിട്ടു പർവ്വതത്തിന്റെ ഉപരിഭാഗത്തിൽ നിന്ന് എന്റെ താഴ്വര പ്രദേശത്ത് കൂടിയാണ് പോണത് ആ പർവതത്തിന്റെ മൂളി ഇന്ന് കീഴ്പോട്ടിറങ്ങി അവിടുന്ന് പോണത് എങ്ങനെയാ ാപദണ്ഡത്തെ കയ്യില് വില്ല്ണ്ട് വില്ല്ണ്ട് പറയാൻ കാരണം ഇന്ത്യ കയ്യില് അയോധ്യ എന്ന് പറയുമ്പോ തന്നെ കയ്യില് വില്ല്ണ്ട് ഇപ്പൊ എന്താ പറയാൻ കാരണം വില്ലിലൊരു പ്രയോജനം പറയണ്ടത് വില്ല് കയ്യില് ഇണ്ടെന്നുള്ളു ആവശ്യമുണ്ടെങ്കിൽ പ്രയോജിക്കാന്നുള്ളൂ ഇവിടെ അങ്ങനെയല്ല ആവശ്യണ്ടോ വില്ല ഏതാ ും രൗദ്രമായിട്ടുള്ളത് ക്രൂരമായിട്ടുള്ളത് എന്താച്ചാൽ അതിബലശാലിയായിട്ടുള്ള ബാലിയെ നിഗ്രഹിക്കാനുള്ള വില്ല അല്ലേ അതാണ് അതിഭയങ്കരമായിട്ടുള്ള വില്ല് കൈകെടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പോ ഇവരാണ് വരികണിക്കാനായിട്ട് സുഗ്രീവനാണ് മൂപ്പര് അടക്കണത് സഹായിട്ടാ സുഗ്രീവൻ പുറപ്പെട്ടേക്കണത് എന്താ ബാല്യെ അനുഗ്രഹിക്കാനാണ് പോണത് തന്റെ ആവശ്യ ആവശ്യല്ലേ കാര്യം അങ്ങനെ കേൾക്കാൻ സാധിക്കും സുഗ്രീവം ഉപരി ചാടി ഇങ്ങനെ പുറപ്പെട്ടേക്കണോ പിന്നെ എല്ലാവരും ഉണ്ട് ഭഗവാന്റെ അതിന്റെ പിന്നാലെ ഇങ്ങനെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണോ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തെങ്കിൽ ആ മാർഗത്തെങ്കില് ചിന്തേ മധ്യേ മാർഗ മാർഗ്ഗ മധ്യത്തിങ്ക ആ വഴിയിൽ എന്താ ദുന്ദുഭേ അസ്ഥൂടം ദുന്ദുഭയുടെ അസ്ഥിഗൂടത്തെ കണ്ടു എന്ന പേരായിട്ടൊരാന്നൊന്ന് മനസ്സിലാവില്ല എന്തോ കിടക്കണതായിട്ടുള്ളു ഒരു പർവ്വതം പോലെ ഒന്ന് അവിടെ കിടക്കണതേ അങ്ങനെ കണ്ടു വഴി കിടക്കണത് വലുതായിട്ടൊന്ന് ഇന്ന് തന്നെയല്ല എവിടെ വരെയാണോ സഹായിട്ട് ചാടി പുറപ്പെട്ടത് അച്ഛത്തിന്റെ അവിടെ അവിടെ അവരുസാഹായിട്ട് അടി മുന്നിലേക്ക് വരുന്നില്ല അവിടെ നിൽക്കുക ഇത് തന്നെയല്ല അവിടേക്ക് അച്ചുകൂടെ കണ്ടപ്പോ അവിടേക്ക് നോക്കിക്കൊണ്ട് നിക്കുക മുമ്പിലേക്ക് നടക്കണില്ല നടക്കാതെ കണ്ട് കണ്ടപ്പോ എല്ലാ നടക്കുന്നുണ്ട് സുഗ്രീവൻ അവിടെ നിക്കുന്നു ഭഗവാൻ സുഗ്രീവൻ നിക്കണ കണ്ടപ്പോ സുഗ്രീവ എന്താ സുഗ്രീവൻ എന്താ നോക്കിക്കൊണ്ട് നോക്കണത് എന്തീ കാണത് എന്തോന്നാണല്ലോ ഇത് കണ്ടതോട് കൂടി സുഗ്രീവന്റെ മുഖഭാവം തന്നെ മാറിയിലോ എന്താ എന്താ പോ ഇത്ര മാത്രം സൂക്ഷിച്ചു നോക്കാത്തത് എന്താണ് എന്താ ീവങ്ങനെ കണ്ടും കൊണ്ട് ഇങ്ങനെ നിക്കുക നീ എന്താ വേണ്ടേ നീ മുന്നിലേക്ക് പോണോ അതോ പോയ പോലെ മണങ്ങി പോരുകയാണോ വേണ്ടേ അങ്ങോട്ട് പോണോ എന്നാ സംശയിക്കണത് അതാണ് അവിടെ നിന്ന് അന അനക്കല്ലാതെ ഇങ്ങോട്ട് നിക്കുക അത് കണ്ട പോ സുഗ്രീവല എന്താ ചോദിച്ച പോമി ഇത് കണ്ടിട്ട് തന്നെയാണ് അടിയ നിക്കണത് അവള് ചോദിച്ചുവല്ലോ ഈ കാണുന്നത് എന്താ ചോദിച്ചിട്ട് അത് കണ്ടപ്പോഴാണ് അടിയൻ എന്താ വേണ്ട നിസ്സില്ല അങ്ങനെ നിന്ന് പോയത് എന്താ എന്താ ഇപ്പൊ കാണുന്നത് പറയാം എന്താണെന്നാണ് കരുത് ഇതിന്റെ അവസ്ഥ ൂട്യായ സഖരു വിപുല കീർത്തിയമിൻ എന്തായി കാണത് ചോദിച്ചില് വേറൊന്നുമല്ല ൂടികൂടം അതാണ് കാണുന്നത് അസ്ഥി കൂടം കണ്ടിട്ട് ഇത്ര പരിശ്രമിക്കണോ എത്ര അസ്ഥി കൂടം കാണുന്നു ആര് ശ്രദ്ധിക്കാറുന്നില്ല കാട്ടിലോ വനപ്രദേശത്തോ പർവ്വത പ്രദേശത്തോക്കെ നടക്കുമ്പോ പലതും കാണും ആ കൂട്ടത്തിനൊരു അസ്ഥി അല്ലേ ഇത് കുറച്ച് അധികം പരിപ്പുള്ളതാണ് അല്ലേ ഇങ്ങനെന്താ സുഗ്രീവിനെ പരിഭ്രമിക്കാൻ എന്താണെ സ്വാമൻ അങ്ങനെ ഒരു അസ്ഥി കൂടല്ല സാധാരണ അസ്ഥി കൂടല്ലത് പിന്നെന്താ അസ്ഥി കൂടത്തിന് എന്താ പ്രത്യേകത പ്രത്യേകതയുണ്ട് നോക്കി അറിയാം എന്താ പ്രതിമ ഗിരിമാരേയാത്രി പ്രതിമ ഗിരിമാവു ആയിട്ടുള്ളതാണ് പ്രാലേയാത്രി പ്രതിമ ആയിട്ടുള്ള ഗിരിമാവോട് കൂടിയിട്ടുള്ളത് ഹിമപാമ്പർവതം പോലെയുള്ളതാണോ കണ്ടാൽ ഹിമപാമ്പർവതാപം ഒന്നും എത്താൻ ഹിമപാമ്പർവതമ്പടം ഒന്നും കിടക്കുന്നത് അത്ര മാത്രമല്ല അങ്ങനെ വലുപ്പത്തോട് കൂടി കൂടം ആരുടെ ആരുടെ ആരുടെ അസുരന്റെ അച്ഛനങ്ങനെ തോന്നുന്നു അസുരന്റെ തോന്നണല്ലോ അസുരന്റെ ആഹാ ഗഹിന് എവിടെ വന്നു വീണങ്ങുന്നത് ഗഹിന് എവിടെ അത് വേറെ ഒന്നും അല്ല ഒരു അസുരന്റെ അസ്ഥി കൂടാണ് കുറവലിപ്പുള്ളതായിട്ട് സുഗ്രീവനന്താ ഭയപ്പെടാൻ സുഗ്രീവനെ പോലെയുള്ള ധീരനായിട്ടുള്ള ആൾക്ക് ഒരു അസ്ഥി കൂടം ഇവിടെ കിടക്കണമുണ്ട് കുറവുതാണ് ഭയപ്പെടാനുണ്ട് എന്താണെങ്കിൽ എങ്ങനെ ഇവിടെ വന്ന് വീണു എന്ന് വെച്ചുണ്ടോ ബാലിനാക്ഷിപ്ത ബാലി ആക്ഷിപ്രദമാണ് ഇവിടെ വന്ന് വീണക്കണതാണ് എന്നാണന്നല്ലേരാധിക എത്ര കാലാ നിശ്ചയല്ല അങ്ങനെയുള്ളതാണ് ഇതെന്താ സ്വാമി ആ കഥ അവിടേക്ക് നിശ്ചയം തോന്നി എന്നറിയില്ല അറിയാ അറിയുന്ന ഞാൻ വിചാരിക്കണത് എന്താ അല്ല ഗുണ്ടുപിഎ എന്നുപേരായിട്ടുള്ള മയന്റെ പുത്രന്മാരാണ് ദുന്ദുഹിയും മായാവിയും അതിൽ അനുജനായിട്ടുള്ള ആളാണ് ദുന്ദുഹി ആ ദുസുഭി പ്രായമായ സമയത്തെങ്കിൽ ദുന്ദുബിക്ക് തോന്നി താൻ മഹായോഗ്യനാവണം എല്ലാവരും തന്നെ ബഹുമാനിക്കണം എന്ന് ദുന്ദുബിക്ക് തോന്നി എല്ലാവരും വിചാരിക്കണതാണോ അല്ലെ എല്ലാവരും മോഹിക്കണത് ഞാൻ ദേവനാവണം എല്ലാവരും തന്നെ ബഹുമാനിക്കണം അല്ലേ ഈ ദുന്ദുഹിയുടെ ഉള്ളിൽ എന്നെ രൂപത്തിലുള്ളവരോക്കെ ബഹുമാനിക്കണം തോന്നി ബഹുമാനിക്കണമെങ്കിൽ എന്ത് വേണം എന്തെങ്കിലും അപ്പോഴാണ് ബഹുമാനിക്കാ വേണ്ടേ നല്ല ബലവാനാവണം അതിനെന്താ മാർഗം ആലോചിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്തു കാലം ആയിട്ട് തപസ് ചെയ്തു തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷമായി പ്രത്യക്ഷമായി പോയി എന്താ വേണ്ടേ എന്ത് വരാ വേണ്ടേ ചോദിച്ചു ചോദിച്ചു പതിനാ പതിനായിരം ആനയുടെ ബലം വേണം ഓ നയിക്കോട്ടെ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ട് പതിനായിരം ആനയുടെ ബലമുണ്ടായിരുന്നു അനുഗ്രഹം കൊണ്ടുണ്ടായ ബല എന്ത് കാര്യം വേണ്ട പെട്ടെന്ന് അവരുണ്ടായാലും അതുകൊണ്ട് ഒരു അലങ്കാരം ഉണ്ടാവും ക്രമത്തിന് സമ്പാദിച്ചാൽ അനുഗ്രഹ അലങ്കാരം ഒരു ദിവസം പെട്ടെന്ന് എന്നെ പോലെ ആരാ അഹങ്കാരം സഹിച്ച് വയ്യാണ്ട് വർദ്ധിക്കാ പതിനായിരം ആനയുടെ ബല വന്നപ്പോ ഇന്ന് എന്നെ പോലെ ആരാ എന്ന് തോന്നി ഇന്ന് അവർ കാര്യം ചെയ്യാ ലോകത്തിലുള്ളവരെയൊക്കെ ജയിക്ക സകല ആ ജയിക്കുക എല്ലാവരും എന്റെ അധീനത്തിലാവണം ജയിക്കാൻ നിശ്ചയിച്ചു പോ ജയിക്കാനായിട്ട് എവിടേക്കാ പോണ്ടായി ആര് ആദ്യം ജയിക്കേണ്ടത് എന്ന് അങ്ങനെ വിചാരിച്ചപ്പോ ഉത്തരഗോകരണാശ്രമത്തിലാണ് തസ്സിള്ളത് അവിടെ വെച്ചാൽ തോന്നി തനിക്ക് ആരെങ്കിലും ജയിക്കണം എന്നുള്ളത് അല്ലെ അങ്ങനെ പോയി സമുദ്രത്തിന്റെ ശബ്ദം കിടക്കും തരമാന ഇങ്ങനെ അടിക്കണം ആ എന്നവര് കഴിഞ്ഞ വരണനെ ജയിക്കണം നേരെ വരന്റെ അടുക്കളിക്കാൻ പോകുന്നത് വരന്റെ അടുക്കളയ്ക്ക് വന്നപ്പോ ആ വരവ് കണ്ടാൽ തന്നെ വരുണം വേടിച്ചു ആയിട്ടാണ് വരണത് തന്നെ അങ്ങനെ എന്താ എന്താ വേണ്ട വരണ എന്നോട് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യാനായിട്ടാ വന്നാൽ യുദ്ധം അങ്ങോട്ടൊക്കെ യുദ്ധം ചെയ്യേ അതിനുള്ള ബലൊന്നും എനിക്കില്ല അങ്ങയെ പോലെ ബലശാലിയായിട്ടുള്ള ഒരാളോട് യുദ്ധം ചെയ്യാടൊക്കെ കഴിവൊന്നും എനിക്കില്ല അല്ലേ അങ്ങനെ ജയിച്ചു സമ്പതിക്ക് എന്താ വേണ്ടു യുദ്ധം ചെയ്യാതൊക്കെ ഏ അതുകൊണ്ടായില്ല എനിക്ക് ആരോടൊന്നും യുദ്ധം ചെയ്യണം ആരോടാ യുദ്ധം ചെയ്യേണ്ടത് ു ഹിമവാൻ പർവ്വത നേരെ ഹിമവാൻ്റെ അടുക്കുന്നു ഹുമാൻ അടുക്കലി വരണോ ഹിമവാനും അങ്ങനെ അടുക്കണ്ടോന്നല്ല നിശ്ചയിച്ചു വന്നപ്പോ ഹിമി എന്താ എന്താ ഇതൊന്നും തുമ്പീ വേണ്ടതോ ചോദിച്ചു യുദ്ധം ചെയ്യണം എന്താ യുദ്ധം ചെയ്യണം ഏയ് നമ്മൾ യുദ്ധം ചെയ്യാൻ ഞാനല്ല അതിലുള്ള കഴിവൊന്നും കിട്ടിയില്ല അങ്ങക്ക് തുല്യായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ടത് എന്നോട് ആയിട്ടുള്ള ആരാ ഉള്ളത് യുദ്ധം ചെയ്യാൻ കഴിവുള്ളത്യടുത്ത് അങ്ങക്ക് യുദ്ധം ആയിട്ടും അതോ ഭാര്യ ഭാര്യ നേരെ കൃഷ്ണലേക്ക് പോകും കൃഷ്ണിന്ത്യയിലെത്തിയപ്പോഴാണ് എന്ത് ഞാൻ ആരോടാ യുദ്ധം ചെയ്യാ കൊരഞ്ഞനോടോ കൊരഞ്ഞനോടൊക്കെ യുദ്ധം ചെയ്യ ഏതായാലും ഇവിടെ വന്നിട്ട് വന്നതിരിക്കും യുദ്ധം ചെയ്യാനോചിച്ചിട്ട് അവന് പോരുമ്പ തന്നെ ആലോചിക്കേണ്ടതായിരുന്നു ഒരു കൊരങ്ങനോടൊക്കെ യുദ്ധം ചെയ്യാൻ പോവേ എന്താ വേണ്ടേ ഒരു കാര്യം ചെയ്യാ തന്റെ ആകൃതി ഒന്നും ആരാശ് എന്നിട്ട് നല്ല ഒരു മഹിഷത്തിന്റെ പൂർത്തി മൃഗങ്ങളോട് യുദ്ധം ചെയ്യാൻ മൃഗമായിട്ട് തന്നെ വേണം അല്ലാണ്ട് സ്വഭവേ ഉള്ള ഒരു രൂപത്തിൻ്റെ വേണ്ട നിശ്ചയിച്ച് വലിയ അതിഭയങ്കരനായിട്ടുള്ള ഒരു ഇതിൻ്റെ വേഷമായിട്ടങ്ങൾ പുറകോട്ട് പോകുക ആകൃതി സ്വീകരിച്ചുകൊണ്ട് ചെന്നാൽ വിട്ടിന്ധയുടെ ഗോപുരദ്വാരത്തിൽ അവിടെ ഒന്നുകൂടെ ശബ്ദം അങ്ങോട്ട് പുറപ്പെടുത്തും ശബ്ദം ഇടിനാഥം പോലെ നോക്കിയപ്പോൾ അവിടെ അതിമനോഹരമായിട്ടൊരു കുളം കണ്ടു ആയിട്ടുള്ള ഈ പോത്തുകൾക്കൊക്കെ കുളം കണ്ടായിട്ട് ചാടുല്ലോ സ്വഭാവം അങ്ങനെയാണ് ഈ ജാഗ്രതി കിട്ടിയപ്പോ പ്രകൃതി ചെയ്താണ്ട് അതുപോലെ ആ ചാടി ചാടിയിട്ട് ആ കുളങ്ങൾ കുത്തി കലക്കി ഈ ഇവർക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടേ ഈ കലങ്ങിയ വെള്ളത്തിൽ കിടക്കാനോ ഇഷ്ടം അല്ലാണ്ട് നല്ല വെള്ളത്തിൽ കുളിക്കാനല്ല അല്ലയോ നല്ല വെള്ളത്തിൽ കുളിക്കേണ്ടവർക്കാണ് സാമാന്യം പോലെയുള്ള കുളം ഇത് അങ്ങനെയല്ല കലങ്ങിയ വെള്ളത്തിൽ കളിക്കേണ്ട ഹക്കാരാണല്ലോ ആ കുളം കലകി ശബ്ദം കുളി തുടങ്ങി ശബ്ദം കേട്ട് ഓടി വന്നപ്പോ വിശേഷപ്പെട്ട കുളത്തിലാണല്ലോ ഏഹ് സ്വാമി ഭാര്യ കുളിക്കുന്ന കുളാണ് അതിലാണ് ഇവൻ കിടക്കുന്നത് ഇവനെവിടുന്ന് ഓടിക്കുപന്റെ കല്ല് കൊടുത്തു എറിയാ കേറി പോവാൻ വേണ്ടിട്ടേ കല്ല് വന്നിവിടെ കൊണ്ടാ കല്ലോ പിടിഞ്ഞു പോവാ ഒരു ഫലമില്ല വലിയ വലിയ പാറോട് കൊണ്ടു നിറഞ്ഞു തുടങ്ങി അത് എന്തായാലും വേണ്ട അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും പൊട്ടി അത് പൊടിഞ്ഞു പോകും ഇന്ന് വല്ലതും പോകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടാ അത് പൊടിഞ്ഞു പോകും ഇവിടെ വലിയ വൃക്ഷങ്ങൾ പറച്ചറിഞ്ഞു തുടങ്ങി അത് വന്നു കൊണ്ടാലും ഇങ്ങനെ എത്തിച്ചിട്ട് നിവൃത്തിയില്ല നിവൃത്തിയില്ലാതെ കേട്ടായോ ഒരു ഓടി വന്ന് ഭാര്യയുടെ വന്ന് പറഞ്ഞു സ്വാമി വലിയ പോത്ത് അവിടെ വന്നു വലിയ മഹിഷൻ വന്നിട്ടുണ്ട് അവൻ അവിടെ ആ കുളൊക്കെ കുത്തി കലക്കണിണ്ട് അടിയങ്ങള് നോക്കിട്ട് ഒരു മാർക്കും ഇല്ല വൃക്ഷങ്ങളും പർവ്വ പർവ്വതം പോലുള്ള കല്ല എടുത്തറിഞ്ഞിട്ട് ഒരു ഫലവും ഇല്ല അതിനു മുമ്പ് തന്നെ ഭാര്യ ശബ്ദം കേട്ടിട്ടുണ്ട് ശബ്ദം കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ആ നേരെയാക്കാൻ പറഞ്ഞു ഭാര്യ അവിടെ പുറപ്പെട്ടപ്പോ അവിടെ കുറച്ച് സ്പീക്കറുണ്ടായിരുന്നു അവര് വലിയ പോത്ത് ിയ പോത്തിനെ ഒന്നും കാണണല്ലോ സാധാരണ പോത്തിനെ കണ്ടു ഇത്രമാത്രം വലിയ പർവ്വതം പോലെയുള്ള കല്ലൊക്കെ വന്നു കൊണ്ടാ പൊഞ്ഞു പോകണ പോയമ്മ പിടിച്ചും കൊണ്ടാണ് ഭാര്യയുടെ വരവ് അവിടെ അന്താപുരത്തിലെ വിരോടുകൂടി ശരതമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടായത് അവരെ കൊണ്ട് ഗോപുരത്തിലേക്ക് വന്നു ഗോപുരത്തിലേക്ക് വന്നിട്ട് ആ കുളത്തിന്റെ ആ ഭാഗത്തേക്ക് അവിടെ വന്നോട് നോക്കി നോക്കിയപ്പോ ഭാര്യക്ക് മനസ്സിലായി ഇത് പോകല്ലാമത് അതെങ്ങനെ എന്നാണെങ്കിൽ അത് സൂക്ഷ്മമായിട്ട് ഗഹിക്കുന്നവർക്ക് മനസ്സിലാവും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും മാറാം ഒരു അവയവം മാത്രം മാറാൻ പറ്റില്ല എന്താ ജനിക്കുമ്പോ പോലെയുള്ളത് കണ്ണ് കണ്ണിന് മാറ്റം വരാൻ പറ്റില്ല സാധ്യത അതുകൊണ്ടാണല്ലോ ഈ കണ്ണ് നോക്കിയിട്ട് പരിശോധിക്കണമല്ലേ ഇപ്പോഴും ഇപ്പൊ ഇപ്പോഴുള്ളവർക്കല്ല പറഞ്ഞുള്ളവർക്ക് തന്നെ അതറിയാം കണ്ണ് നോക്കിയാണെ മനസ്സിലാക്കാന്നുള്ളത് ഓ നോക്കിയപ്പോ ആ അതൊരു പോക്കാറില്ലല്ലോ മനസ്സിൽ നോക്കിയാൽ മനസ്സിലായി എന്തേത് നീ എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ വന്നാക്കണത് ഏഹ് നിനക്ക് സാമാന്യം പോലെ കഴിയണമെങ്കിൽ കയറി പോടുന്നു ഹാ അല്ലാതെ കണ്ട് ഇവിടെ വന്നില്ല നിന്റെ പരമാർത്ഥമൊക്കെ മനസ്സിലായി എനിക്ക് നിനക്ക് പ്രാണം വേണമെങ്കിൽ കയറി പോക്കോ അത് കേട്ടപ്പോ അവൻ നോക്കിയപ്പോഴാണ് സുന്ദരിമാരെ സ്ത്രീകളോട് കൂടിട്ടാണ് നിൽക്കുന്നത് ഈ സ്ത്രീകളോട് കൂടി ഓരോന്നും പറയാതെ കണ്ട യുദ്ധം കഴിയാൻ അടിപൊളി ഇങ്ങനെ ഇറങ്ങി വരാൻ ഓ എവിടക്കപ്പൊ കാണാൻ പറഞ്ഞു ഭാര്യ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു തന്നെ രണ്ടുപേരും തമ്മില് അതിഭയം യുദ്ധം ആ യുദ്ധം ചെയ്തുകൊണ്ട് കുറച്ചു നേരം അനുഭവ അല്ലേ അങ്ങനെ ആ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ കയ്യിൽ സ്വർണം കൂടി ചെങ്ങലില്ലായിരുന്നു ആ ചെങ്ങലാവൻ ചാടി തന്റെ നേരെ വന്ന സമയത്ത് ആ ചെങ്ങല കഴുത്തിലും ചുറ്റി ചുറ്റിട്ട് ആ ചെങ്ങല കൊണ്ടാണ് പോക്കി എന്നിട്ട് വർണ്ണത്തിലെ തിന്നിട്ട് കിട്ടയിന്ധം നിന്ന് ഒരേറങ്ങൾ എറിഞ്ഞു എറിഞ്ഞിട്ട് ഇവിടെ വന്നു വീണു എന്ന് ഒരാ വളരെ മുമ്പ് അനവധി കാലങ്ങൾക്ക് മുമ്പാണ് യക്ഷനായിട്ടുള്ള ബാലി ഈ ദുന്ദുഭിയെ വലിച്ചെറിഞ്ഞേക്കണത് ഇങ്ങനെ ബാലിപ്പൂര അകലെ ഇത്ര അകലെയാണ് വന്ന് വലിച്ചേക്കുന്നത് അങ്ങനെയുള്ള ഈ കാണുന്നത് അതിപ്പെന്താ അതുകൊണ്ടിപ്പോ എന്താണെന്നാണെങ്കിൽ സ്വാമി അസ്തികൂടം കണ്ടാൽ തന്നെ ജ്യേഷ്ഠന്റെ വൈഭവം മനസ്സിലാവുകയോ പരാക്രമം മനസ്സിലാക്കാൻ സാധ്യവും എന്താണ് അധ്യാഹ ഇപ്പോഴും അത് പണ്ടുവത് ഇന്നും എന്താ അത് എന്നാണെങ്കിൽ ഇന്നെന്താ പ്രസിദ്ധി ഈ പറഞ്ഞ കണ്ടാൽ ഈ ദുന്ദുപിയുടെ ശരീരം ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാകും എന്തു മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ കീർത്തിവാമാളക ക്രീഡാശൈലാ അദ്ദേഹത്തിന്റെ കീർത്തിവാമാളകയുടെ ക്രീഡാശൈലമാണ് യശസ്യുടെ പീഡിക്കാനുള്ള പർവ്വതമാണ് അതിന് കളിക്കാനുള്ള സ്ഥലമാണ് ഇത് കണ്ടറിയാം അദ്ദേഹത്തിന്റെ വൈഭവം അതാണ് അങ്ങനെയുള്ളതാണ് അധ്യാ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്ന ആളുകളൊക്കെ ഇതാണ് കണ്ടാൽ ഭാര്യയുടെ വൈഭവം ബാലിയുടെ പരാക്രമം ബാലിയുടെ പരാക്രമം ഇന്ന് സ്ഥിതിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് പറയാൻ കാരണം യശസ്സാകുന്ന സുന്ദരി എന്ന് പറയാൻ കാരണം ഇന്ന് ഇന്നും അതേപോലെ പ്രതിയാണ് സ്ഥിതി എന്താണല്ലേ അത് പറയാം അധ്യാ വലയവലായാഥ വിശ്രാമ ഭൂമി വലയവലായാഥ വിശ്രാമ ഭൂമിയാണ് ഷോണീവലയത്തിങ്ക വചനം ഭേതുവായിട്ട് വനനം കൊണ്ടുള്ള വിശ്രാമത്തിന് ഭൂമിയായിട്ടുള്ളത് ഭൂമിയെങ്കിൽ സഞ്ചരിക്കാം ഭൂമി വലയം ഭൂമണ്ഡലം ആ ഭൂമണ്ഡലത്തിൽ സഞ്ചരിക്കണതാണ് അദ്ദേഹത്തിന്റെ യശസ് സാധാരണ യശസ് എവിടെയാണ്ടാവേണ്ടത് അവനവൻ്റെ അവിടെ അല്ല മറ്റുള്ളവരിലാവാണുണ്ടാവേണ്ടത് ജ്യേഷ്ഠൻ്റെ ആ ഉപയശസ് പരാക്രമം കൊണ്ടുള്ള വൈഭവൻ ോകം മൊഴിയെന്ന് അറിഞ്ഞിട്ടുണ്ട് ചോടി ഈ വലയേ ഭൂമിയിലും മുഴുവൻ ആ ഭൂമിയിൽ ഇങ്ങനെ വലന ചെയ്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണല്ലോ കീർത്തി ഇങ്ങനെ ശേഷം ഒരിട്ടിലടങ്ങിയിരിക്കുകയല്ല ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സകല നീക്കൽ അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞു കൊറച്ച് ക്ഷീണാവൂലോ യാത്ര കഴിഞ്ഞാൽ ക്ഷീണവും യാത്ര ചെയ്യുമ്പോൾ അറിയാൻ ക്ഷീണാകൂന്നുള്ളത് യാത്ര ചെയ്യാൻ മോഹൻ ചെയ്യും ആർക്ക് യാത്ര ചെയ്യണവർക്ക് ചെയ്യാത്തവർക്ക് മോഹം ഉണ്ടാവില്ല ഒരു ദാ യാത്ര കഴിയുമ്പോഴാണ് അടുത്ത യാത്ര വേണം തോന്നുന്നത് അല്ലേ യാത്ര ചെയ്യുവാണ് അയ്യോ ഇങ്ങനെയാണെങ്കിൽ വയ്യേ തോന്നും ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഞാൻ അടുത്തതാണ് എങ്ങനാ പോണേ ഒരു യാത്ര കഴിഞ്ഞതല്ലേ അടുത്തതാ അപ്പോഴാണ് എന്നാൽ അങ്ങോട്ട് പോവാൻ ഇനി ഇനി ഇപ്പം ഇങ്ങോട്ടല്ലേ പോയെ അങ്ങോട്ട് പോവാ അങ്ങട് പോവ കഴിഞ്ഞാലോ ആ യാത്ര കഴിഞ്ഞാൽ അതോടെ ക്ഷീണം പിന്നെയോ എവിടെയെങ്കിലും ഒരിക്കൽ വിശ്രമിക്കണം അത് കഴിഞ്ഞാൽ അടുത്ത യാത്ര ാണ് അതിന് യാത്ര ചെയ്യുന്ന സാധാരണ മറ്റുള്ളവരേക്കാൾ കൂടുതൽ മോഹം ഉണ്ടാവുക അവർക്കാണ് എന്നാലോ ക്ഷീണിക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണ്ടേ അതിനുള്ള സ്ഥലമാണ് അതാ പറയാൻ കാരണം അപ്പോ യശസ് ആകുന്ന സുന്ദരിക്ക് ഭൂമിയിൽ വഴി സഞ്ചരിക്ക കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് കൊണ്ട് സ്വാമി ോകത്തിങ്കിലും മുഴുവൻ എല്ലാ ദീകരും ജ്യേഷ്ഠന്റെ പരാക്രമം കൊണ്ടുള്ള യശസ് ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ദീകരും അങ്ങനെയുള്ളതാണ് ഈ അസ്ഥി ഗൂഢം ബിന്ദുതയുടെ അസ്ഥി ഗൂഢം നിസ്സാരമായിട്ടുള്ളതല്ല ഇന്നും ഉണ്ട് എന്ന് പറയുമ്പോ അന്നത്തെ അവസ്ഥ എന്താ പരാ പണ്ട് വളരെ മുമ്പ് അത് ഒരു കുറവും അങ്ങോട്ടില്ല ലോകത്തിലുള്ളവർ മുഴുവൻ ജ്യേഷ്ഠന്റെ പരാക്രമത്തിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളതാണ് ഈ അസ്ഥൂടം എന്താ കാരണം എന്നാണ് സുഗ്രീവന് ഈ അസ്ഥി കൂടം കണ്ടപ്പോഴാണ് അതൊക്കെ തോന്നുന്നത് ജ്യേഷ്ഠൻ അല്ലോണം അറിയില്ലേ ബാലയുടെ വൈഭവം മനസ്സിലായിട്ടല്ല ബാല്യെ നിഗ്രഹിക്കാന്ന് പ്രയതെന്ന് തോന്നുന്നുണ്ട് ഈ താൻ അദ്ദേഹത്തിനെ മൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് ജ്യേഷൻ്റെ മുമ്പിൽ വന്നാൽ തനിക്കു വരിക തനിക്കുമാകല്ല അദ്ദേഹത്തിനും അല്ലെന്നും വന്നാൽ അറിഞ്ഞിട്ട് അല്ലേ ആവശ്യമില്ല അദ്ദേഹത്തിന് പുറപ്പെടേണ്ട താൻ ഇത്രയും കാല ഇനി അവിടെ ഇരുന്നുകൊണ്ട് വൈഷമ്യമില്ല ഇനി അവിടെ പോയി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ട് രണ്ട് പ്രഹരം കൊടുക്കുമ്പോൾ തൻ്റെയും കഥ കഴിയും കൂട്ടി കൊണ്ടുവന്ന മറ്റോ കഴിഞ്ഞാൽ ഈ രണ്ടു പാപം കൂടി താൻ അനുഭവിക്കണ്ടേ വേണ്ട ഭേദത്ത് എന്ന് ഗുഗ്രീവന്റെ മനസ്സിൽ തോന്നി എന്നിട്ട് എത്ര വിസ്തരിച്ച് പറഞ്ഞിട്ട് അല്ലാണ്ട് മറ്റൊരു പറയാൻ കൊള്ളുവോ ഓ സ്വാമിൻ അവിടേക്ക് ജേഷനെ അനുഗ്രഹിക്കാനൊക്കെ കഴിവുണ്ടോ എന്ന് ചോദിക്കാൻ കൊള്ളുവോ അപ്പൊ അത് മനസ്സിലാവാൻ ഭാഗത്തേ അത്രയും പറഞ്ഞാൽ തന്നെ അസാധ്യമായിട്ടുള്ളതാണ് ജേഷൻ്റെ പരാക്രമം വളരെ പ്രയാ എന്നുള്ളതാണ് ഇത്രയും ും മനസിലെ ഭയ വളരെ കാലങ്ങൾക്ക് മുമ്പാണ് പ്രഹരം കൊണ്ടെങ്കിലും അതിങ്ങനെ ഓർമ്മവരുണ്ട് ഈ ദുന്ദുപിയുടെ ശവശരീരം എങ്ങനെ കാണുമ്പോ ഏർ തനിക്ക് നല്ലവണ്ണം പ്രഹരം കിട്ടിയിട്ടതാണ് ഇനിയിപ്പെന്താണ്ടാവുക ആ ഭയാണ് അപ്പോഷനെ കുറിച്ചുള്ള ഭയത്തിന് ഒരു കുറവ് വന്നിട്ടില്ല അല്ലേ തന്റെ വാക്കിലും നല്ലോണം വിശ്വാസം വന്നിട്ടില്ല ഇത്രയ്ക്ക് പ്രതിജ്ഞ ചെയ്തെങ്കിലും അപ്പോ വിശ്വാസമായാലും ഈ സവശരീരം കണ്ടതോടുകൂടി ഈ അസ്ഥിഗൂഢം കണ്ടതോട് കൂടിട്ട് വിശ്വാസം ഇല്ലാണ്ട് കൈ തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് തോന്നി ഏതായാലും സുഗീവനെ വിശ്വസിപ്പിച്ചിട്ടേ ഇനി ഇവിടെ നമ്മുടെ പുരുഷൻ കയറും അതല്ല അതേണ്ട് ഈ താൻ പറഞ്ഞിട്ട് കയറി ഒന്നുമില്ല ഇത് എന്ത് പറഞ്ഞിട്ടും പ്രയോജനമില്ല എന്നെങ്കിൽ അത് എന്താ പറയാനുള്ളത് നിഗ്രഹിച്ചോളാം സത്യം ചെയ്തണ്ട് അല്ലേ എന്നിട്ടും വിശ്വാസമായില്ലെങ്കിൽ എന്താ ചെയ്യേണ്ട വിശ്വാസം എന്താക്കി തീർക്ക നിശ്ചയിച്ചുകൊണ്ട് ഭനുസൂനു അംഗൂക്ഷേനൂഢം വാസൗ ബ്രഹ്മഭദ്രം ബഹലി പ്രൗഢവാഹാഗാനം ഉംസീപ്ര ം ബാലിയുടെ പ്രൗഢമായിട്ടുള്ള ബാഹാവം ബാഹു കടവുഭവല്ലേ പറയാ വളരെ ഭംഗിയായിട്ട് സുഗ്രീഫം പറഞ്ഞു എന്തായാലും മനസ്സിൽ ഭയം വന്നിട്ടുണ്ട് കണ്ട പോകാനും പറഞ്ഞിട്ട് നിർത്തുന്നില്ല പിന്നെ പറയണത് ഒന്ന് പറയേ പറയണം എന്നാൽ സമാധാനം എന്താ വേണ്ട സുഗ്രീവാ ഒരു കാര്യം ഞാൻ നല്ലോണം ഒന്ന് കാണണം പകരം കാണതല്ലേ ഒന്നുകൂടി അടുക്ക ചെന്ന് ഇത്രേം ക്ഷേമാണെങ്കിൽ ഒന്ന് കാണലോ ീവിനെ കൂട്ടിക്കൊണ്ട് ആ അസ്ഥി കൂടത്തിന്റെ അടുക്കളയ്ക്ക് അവിടെ ചെന്നു ചെന്നിട്ടും നോക്കി ഭഗവാൻ അനുഗോണത്തിൽ അത് ഏതൊന്നല്ല പർവ്വതാകാരമായിട്ടേതാണ് അസ്ഥി കൂടൽ അടുക്കളക്ക് ചെന്നുകൊണ്ട് ഭഗവാൻ നോക്കട്ടെ അടുക്കൽ ചെന്നുകൊണ്ട് പാചാങ്കൂക്ഷേനൂടം പാദാങ്കൂഷം കാലിന്റെ പെരുവരൽ ആ ആ പെലിവരലുകൊണ്ട് അടുത്ത് ഒരേറെ അങ്ങോട്ട് വന്നു അടുക്ക ചേന്ന് നോക്കട്ടെ എന്ന് പറയലും അടുക്ക ചേലും കാല കൊണ്ട് ഒന്ന് അങ്ങോട്ട് ശിക്ഷേ വളരെ ദൂരച്ചൂര ഭഗവാൻ അതങ്ങട്ട് പറഞ്ഞു ഈ പാദ പുഷ്ടം കൊണ്ട് കൈ കൊണ്ടൊന്നുമല്ല അത് എങ്ങനെയാ ലീലയാമഭദ്രേരെ പോകായിട്ട് ഒരു കളി നോക്കട്ടെ വളരെ കാലായിട്ട് ഉറച്ചു കിടക്കണതല്ലേ അല്ലേ കാറ്റും ബെയിലും ഒക്കെ കൊണ്ട് ഉറച്ചു കിടക്കണതല്ലേ എത്ര നോളുണ്ട് അതിൻ്റെ നോക്കട്ടെ ആ ഇടത്തെ കാലുകൊണ്ട് ഒന്നു ശിക്ഷ വളരെ അകലക്കാണ് പോയത് ഒരു മേശവും ഇണ്ടായില്ല ഇങ്ങനെ ആ ദുന്ദുമയുടെയും ആ അച്ഛടം ഭഗവാൻ ഇടത്തെ കാലുകൊണ്ട് അതിലൊരു സഹായിട്ടാ കൊറച്ചും കൂടി എന്നിട്ടേ വേഗവേരം അങ്ങനെ സഞ്ചരിക്കണു അങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ പോകുമ്പോഴാണ് അതേപോലെ പുറപ്പെട്ടത് ഉത്സാഹമായിട്ട് കൊറച്ചവിടെ നീങ്ങിയേ പോ നങ്ങിയ പോ സുഗ്രീവൻ അവിടെ നിന്നു നിൽക്കണം കണ്ടവ ഭഗവാൻ എന്താ സുഗ്രീവ നിന്നെന്താ എന്താ പോ ഒന്നുമില്ല ഏർ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവു എന്താ നിന്നത് സപ്രദാവലംബം കാര ഈ താരങ്ങൾ സപ്ദു വൃക്ഷങ്ങള് അല്ലേ എനിക്ക് മനസ്സിലാകി ആ സാരങ്ങളാണ് ഇത് മനസ്സിലായി ഇല്ല ആ സാരങ്ങളാണ് ഇത് ഈ സാരങ്ങളാണ് അതെന്ന് പറഞ്ഞാൽ രണ്ടൊന്നിനല്ലേ പറയണത് അങ്ങനെയെല്ലാം മാറ്റിണ്ട് വൃക്ഷത്തിന് വിശേഷമുണ്ട് എന്താ വിശേഷം ഉള്ളതാണ് അസംഖ്യം ശാഖകള് കൊമ്പുകളോട് കൂടിയിട്ടുള്ളതാണ് ശാഖകള് ഉപശാഖകള് ഇങ്ങനെ വളർന്ന് ആകാശം മുട്ടിട്ടുള്ള വൃക്ഷങ്ങളാണ് അത്യു വൃക്ഷങ്ങളാണ് ഇത് ആ കാടല്ല അങ്ങനെ വൃക്ഷമൊക്കെ ഉണ്ടാവും അങ്ങനല്ല വൃക്ഷല്ലേ അല്ല എന്ന് മാത്രല്ല ഇന്ന് മാറ്റണ്ട് ഏതാന്നാണെങ്കിൽ ബാലി ഏതേ അടിയന്റെ ബാലി ഓരോ വൃക്ഷങ്ങളായിട്ട് പ്രഹരിക്കാറുണ്ട് ഈ വൃക്ഷങ്ങളെ പല വൃക്ഷങ്ങളെ പ്രഹരിക്കാറുണ്ട് ഏതേ ഈ വൃക്ഷങ്ങൾക്ക് മാറ്റണ്ട് എപ്പോഴാണ് ഈ സഹിച്ചു വെയ്യേണ്ടവര് കൈത്തരിപ്പ് ഇങ്ങനെ വരിക ഈ കൈത്തരിപ്പ് വരുമ്പോ അത് എവിടെയും പ്രയോഗിക്കാനില്ല ജേഷൻറെ കൈത്തരിപ്പ് എവിടെയും പ്രയോഗിക്കാൻ നോക്കിയില്ല പരാക്രമശാലികളാണെങ്കിൽ കൈത്തരിപ്പ് വരുമ്പോ അവനോട് തുല്യനായിട്ട് ഒരാളോട് യുദ്ധം ചെയ്യാം യുദ്ധം ചെയ്താൽ കുറച്ച് സമാധാനം ഉണ്ട് അങ്ങനെ ഒരാളില്ല തുല്യനായിട്ട് ഒരാളില്ല ജ്യേഷനോട് യുദ്ധം ചെയ്യാൻ വൈഭവുള്ള ഒരാളും ഇല്ല നോക്കിയുള്ളൂ അല്ലേ വരിക കോപോം വരിക അങ്ങനെ വരുമ്പോ എന്താ ചെയ്യ ആരുമില്ലാന്ന് വരുമ്പോ വൃക്ഷങ്ങളുടെ നേരെ ചെന്നങ്ങൾ പ്രകരിക്കും എന്താച്ചാ മറ്റുള്ളവരാണെങ്കിൽ അടിക്ക വരണ ഓടി പോകും എന്താ കാരണം പ്രാണന അപ്പം ഒരടിച്ചു കഴിയും പ്രാണൻ അപ്പൊ വരണം കണ്ടാൽ തന്നെ പിന്നാക്കം പിന്നാക്ക മാറേഷം വരണം കണ്ടപ്പോന്നെ ചൊരു കാലം ആരോട് ചോദിക്കില്ല ഓടി പോവുക ചെയ്യാ അല്ലേ വൃക്ഷങ്ങളോ ഊബില്ലല്ലോ അങ്ങാടെ നിൽക്കൊള്ളു ചെന്നാ അടികൊള്ളേന്ന് ഉദ്യുള്ളു അല്ലേ പക്ഷേ പല വൃക്ഷങ്ങളെ അടിക്കാറുണ്ട് കാട്ടിലുള്ള വൃക്ഷ ജേഷ ജേഷൻ അടിക്കാത്ത വൃക്ഷങ്ങളില്ല പലതിനെ അടിക്കാറുണ്ട് പക്ഷേ ആ വൃക്ഷങ്ങളെ പോലെയല്ല ഏ ഏ താരങ്ങളും മറ്റു വൃക്ഷങ്ങളെ പോലെയല്ല എന്താ കാരണം മറ്റു വൃക്ഷങ്ങളൊക്കെ ചെലപ്പോ ജേഷന്റെ ഒരു അടി കൊണ്ടാ മറിഞ്ഞു വീഴും ഇതങ്ങനെയല്ല കൈ കൊണ്ട് അടിച്ചില് ഊരി അലന്നും വരും അടി അടിച്ചിരുന്നുണ്ട് വൃക്ഷങ്ങളെ എന്നാലോ ജേഷൻ എന്താ മോഹൻ ആണെങ്കിൽ ഒരു ഇലയും ചേട്ടനും മറ്റു വൃക്ഷങ്ങളൊക്കെ അടിച്ചതിന്റെ എല്ലാ കുടിക്കും ധാരാളം ഇലകളായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളെ അടുക്ക ചെന്ന് ഒരു അടി അടിച്ചാൽ ആ ഇല ഒക്കെ കൊഴി അങ്ങനെയാണ് ഇല കൊഴിയുടെ വൃക്ഷം ആയത് അങ്ങനെയാണ് അത് അടി കൊണ്ടിരുന്ന ഇത് അങ്ങനെയല്ല ഈ വൃക്ഷത്തും അടിച്ചാൽ ഇതും ഇല ഇലക്കാനാണ് അടിക്കണത് പക്ഷെ എന്തു കാര്യം ഒരു മാറ്റം വരില്ല അങ്ങനെയുള്ള വൃക്ഷങ്ങളാണത് ജ്യേഷന അനവേ നിഷ്പ്രിത എലയില്ലാതെ വൃക്ഷങ്ങളെ അടിച്ച് വീഴ്ത്താൻ പറ്റില്ല എലെങ്കിലും കുഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ജ്യേഷ്ഠൻ പലപ്പോഴും ഈ വൃക്ഷത്തും വന്ന് പ്രഹരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് അതാണ് ഈ വൃക്ഷത്തിന്റെ വൈഭവം ജ്യേഷ്ഠൻ അടിക്കണതായുള്ള വൃക്ഷം കൈത്തെപ്പില്ലാതെ ഉണ്ടാക്കാൻ ആ വൃക്ഷങ്ങളൊന്നു നോക്കൂന്ന് ആ വൃക്ഷങ്ങളെ കണ്ടപ്പോഗ്രീവന്റെ മനസ്സിൽ തോന്നിയേണ്ടിയുടെ സർവശരീരടുത്ത് കിടക്കുന്നത് ശരിയാ കാര്യം ശരി എന്നിട്ട് അനവധി കാലം ഇവിടെ കിടക്കണം കാറ്റും മയിലും മഞ്ഞും മഴയും കൊണ്ടു കൊണ്ടു കൊണ്ടുകൊണ്ട് അതിലേക്ക് അതിലേക്ക് ഏത് സാധനമായാലും കാലം അങ്ങനെ കിടന്നാൽ അത് ദ്രവിച്ച് എന്റെ കുറഞ്ഞുണ്ടോ അതാവും അദ്ദേഹത്തിന് ഈ പാകാങ്കുഷ്ടം കൂടെ അവിടെ എടുത്തറിയാൻ പറ്റി എന്നു തോന്നണത് അല്ല എന്നാ തോന്നിയതേ ഏ ഇതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വെച്ചാ ഇതിങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല എന്താച്ചാല് പറണതെന്ന് പോയി പരിഭ്രമിച്ചുകൊണ്ട് തന്നെയാണ് പറയണത് വൃക്ഷങ്ങളെ കണ്ടപ്പോ അ ധൈര്യമൊക്കെ പോയി അങ്ങനെയാണ് പറയണത് ആ എന്നാൽ അതിനൊരു പരിഹാരം ചെയ്യാൻ നിശ്ചയിച്ചു അല്ലേ നിശ്ചയിച്ചു കൊണ്ട് ഭഗവാൻ സുഗ്രീവാ ഈ വൃക്ഷങ്ങളെ കണ്ടിട്ടല്ലേ സുഗ്രീവന് ഭാര്യയുടെ പരാക്രമത്തെ പിന്നെ ഓർമ്മ വന്നത് അതല്ലേ ആ അതിനെ ഞാൻ പരിഹാരം ചെയ്യാം നിശ്ചയിച്ചുകൊണ്ട് ഭഗവാൻ ഭഗവാൻ ഒരു ശരം എഴുത്തമ്പോർത്തു വേഗൻ അരേന്ദ്ര മുക്കിന്റെ അടുത്ത് ഞാന കുട്ടി കെട്ടി അറിയുന്ന ഒരു ശരം എടുത്തമ്പു തോട്ടു വളരെ പ്രയാസപ്പെട്ടില്ലേ എന്നാണ് വാഴ പെട്ടെന്ന് വൃക്ഷങ്ങളാണ് മുടിക്കണതെന്നുണ്ടെങ്കിൽ അന്ന് പ്രയാസം ആടെ അനുച്യാറുണ്ട് അല്ലേ മരം മുടിക്കാൻ നല്ല വെട്ടുകാരെ അനുവദിക്കാൻ നല്ല വെട്ടുകാരെ കിട്ടാണ്ടോ സാമാന്യം പോലെയുള്ള വെട്ടുകാരെ കിട്ടാണ്ടോ ഇത് മരം മുടിക്കാണ്ട് മരം മുറിക്കുമ്പോൾ മനസ്സിൽ താൻ മരം വന്ന് വീണ് വല്ല ആബന്ധം വരാണ്ടിരിക്കണ്ടേ മരങ്ങള് നിക്കണ പലതിൽ നിൽക്കണ്ടും ഗ്രഹങ്ങളുടെ സമീപത്തുകളോ മറ്റു പലതിന്റെ സമീപത്തോക്കെ നിക്കണ്ടാവും അപ്പൊ അതിനൊന്നും കേടു മരം മുറിച്ച് തനിക്കും മറ്റുള്ളവർക്കും ആപത്തു കൂടാതെ കിട്ടു ഭൂമിയിൽ പതിപ്പിക്കണമെങ്കിൽ അതിനൊരു വൈദഗ്ധ്യം വേണം സാധാരണ ആളുകൾ വെട്ടാൻ പോയാവില്ല അല്ലേ എന്നാല് ഒരു മരം മുറിക്കാൻ അതിന് കഴിവുള്ളവരെ ചോദിക്കാറുണ്ട് അതെ വാഴ വെട്ടാണ്ട് ഇവിടെ ഇങ്ങനെ നല്ല വെട്ടുകാരെ കിട്ടാൻ ഇതിനാ വാഴ മരം മുറി വാഴ അതും അങ്ങനത്തെ വാഴയല്ല മുളി ഒന്ന് ആരും അതൊന്നു വെട്ടാനായിട്ട് നല്ല വിദഗ്ധരായിട്ടുള്ള വെട്ടുകാരെ വേണം ആരെങ്കിലും അതിൽ എണ്ണി വെട്ടാനുള്ളത് ആർക്കും അത ഒരു വശത്തേണ്ടാവാല്ല വലിയ വാഴയാണ് സ്ഥലമായിട്ടതാണെങ്കിൽ പിന്നെ കുറച്ച് ക്ലേശമുണ്ട് ബാലകതളി കണ്ടാവണ്ടല്ലേ കുട്ടി ചെറിയ വാഴകള് വെട്ടാനായിട്ട് എന്ത് വൈദ്യുതി വേണ്ടേ എന്താ ഒരു നരമ്പുക്ക് വരെ വേണ്ട സാധാരണ ആ കുട്ടികൾക്ക് തന്നെ കളിക്കാവുന്നതാ അതേപോലെയാണ് ഇത് ഏഴ് വൃക്ഷങ്ങളും ഒരു ശരം കൊണ്ടാണ് ശരടുത്ത് നമ്മള് തൊടുത്ത് നമ്മള് കുളിപ്പിച്ചു എന്നോ ശര ആ സാരങ്ങളും വൃക്ഷങ്ങളെ നമ്മടെ കുളിച്ചു എന്നാൽ അതിനും വിശേഷ നേരെയാണ് നില്ക്കണത് എന്നുണ്ടെങ്കിൽ നില്ക്കണതായിട്ടുള്ള വൃക്ഷങ്ങള് എങ്ങനെ ശരം പ്രയോഗിച്ച് കൊണ്ടിരിക്കും ശരം നേരെ പോകൂ വട്ടത്തിന് ശരം പോകൂ ആയുധം പ്രയോഗിക്കാൻ കഴിവുള്ള വിദഗ്ധന്മാരായിട്ട് പലരും ഉണ്ട് ശരപ്രയോഗത്തിൽ ആളുണ്ട് അവര് ശരം പ്രയോഗിച്ച വർഷത്തിന് ശരം നേരം പോവാരേ പോകുമ്പോ ആ ശരം ഏതൊക്കെയൊക്കെ എങ്ങനെ സദ്യ അദ്ദേഹത്തിന്റെ വൈഭവം അങ്ങനെയാണ് എത്രക്ക് അഭ്യാസം ഉണ്ടെങ്കിലും അതാണ് പ്രയോഗിക്കണേ അഭ്യാസപരം മാത്രം എങ്ങനെയാണത് ഈ വട്ടത്തില് എങ്ങനെയാ വൃക്ഷം നിക്കണ ഏഴു വൃക്ഷങ്ങള് ഒരേപോലെ വൃക്ഷങ്ങള് അതേ അതെങ്ങനെയാണ് വട്ടത്തില് നിൽക്കണത് ധാരണ ഇങ്ങനെ വട്ടത്തില് നട്ടക്കണത് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഭഗവാനും നോക്കി നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്താ ലേഷ് എന്നാണെങ്കിൽ ആഹാ അത് ആ ഏഴ് വൃക്ഷങ്ങള് എങ്ങനെയുള്ള സാധാരണ വൃക്ഷങ്ങളല്ല ആ വൃക്ഷങ്ങള് ഏ കുരന്റെ പുത്രന്മാരായിട്ടുള്ള ഏഴുപേരാണ് മയന്റെ സമീപത്തിൽ നിന്ന് മായ വിദ്യാഭ്യാസിച്ചു മായ അഭ്യർത്ഥിച്ചിട്ട് ആ മായ പ്രയോഗിച്ചുകൊണ്ട് ധരിക്കുക അവർ മായ കൊണ്ട് ഒരാമ്പിനെ ഉണ്ട് സർപ്പത്തിനെ ഉണ്ട് ആ സർപ്പത്തിന്റെ മുകളിൽ കയറി എത്താൻ ചോദിക്കുകയാണ് ഏത് വിദ്യയും അധീനത്തിലായാൽ അത് പ്രയോഗിക്കണല്ലോ അതും അവരുടെ ആകൃതി മാറി വൃക്ഷങ്ങളായിട്ടാ വൃക്ഷങ്ങളായിട്ട് വൃക്ഷം ഇങ്ങനെ സഞ്ചരിക്കുക കളുകട്ടിന്റെ വൃക്ഷം സഞ്ചരിക്കണത് കണ്ട അത്ഭുതം തോന്നില്ലേ അങ്ങനെ മറ്റുള്ളവരെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ഇങ്ങനെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അഗസ്റ്റ് മേടിക്കു പറഞ്ഞാൽ ചെറിയ ആളാ പെരുപരിതിന്റെ വലുപ്പം അദ്ദേഹം ഇങ്ങനെ ആളാകെ എന്നാലോ ആള് ചെറുതാണെങ്കിലും കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ ഉണ്ട് ഇന്ന് പാകത്തിന് അല്ലണ്ടേ ഒരു കാര്യം അദ്ദേഹത്തിന് ഒന്ന് ഒരു കാര്യം ചെയ്യണം നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിഹസിക്കണം ചെയ്യും ഒന്ന് വഞ്ചിക്കണം നോക്കി സഞ്ചരിക്കണം കാട്ടിലൂടെ സഞ്ചരിക്കണ മാർഗം ആ മാർഗത്തിൽ പോയി ഇവരെ ഏഴ് വൃക്ഷങ്ങളായിട്ട് അവരെ അദ്ദേഹം നോക്കിയപ്പോ സഞ്ചരിക്കാനുള്ള വഴിയാ ആ സഞ്ചരിക്കുന്ന വഴിയിൽ വന്ന് നോക്കിയപ്പോഴാണ് ഏഴ് വൃക്ഷങ്ങള് ഇത് ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇത് വന്നു ഈ വൃക്ഷങ്ങള് എങ്ങനെവിടെ വന്നു നല്ലോണം നോക്കിയപ്പോഴാ നിങ്ങളാണല്ലേ ശരി നിങ്ങൾ എങ്ങനെ വൃക്ഷങ്ങളായിട്ട് ഇവിടെ നിന്നു ശാപ ശാപം കഴിഞ്ഞപ്പോഴാ അനങ്ങാൻ പറ്റണ്ടായി വൃക്ഷത്തിന്റെ സ്ഥിതി എന്താ അനങ്ങാൻ പറ്റാത്തതാണല്ലോ ചില തന്നെ ഇല്ലാത്തതല്ലേ ഇവര് ഈ മായ കൊണ്ടാണ് ആ അവിടെ സ്തംഭിച്ചു പോയി അപ്പൊ അവര് സ്വാമി അബുദ്ധം പറ്റിയതാണ് അബുദ്ധം പറ്റിയതാണ് ശാപമോക്ഷം ആ കുറച്ചുകാലം ഇവിടെ നിന്നോളൂ ചെയ്തതിന്റെ അപരാധം അതെന്നാ അനുഭവിക്കണല്ലോ ഇവിടെ നിന്നോളൂ കുറച്ചുകാലം കഴിയുടെ സമയത്തുകള് ഭഗവാൻ ശ്രീനാരായണ ഭൂമിയില് മനുഷ്യനായിട്ട് അങ്ങനെ ഇവിടെ വരുമ്പോ നിങ്ങള് ക്ഷണിക്കും അങ്ങനെ നിങ്ങൾക്ക് കിട്ടും അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളവരാണ് വിവരം ഇത് ഭഗവാന് മനസ്സിലായി എന്നിട്ട് വേഗം ശരം എടുത്തു ആ സർപ്പാകൃതിയായിട്ടുള്ളതിന്റെ കാലം വാലുംബരണം ചവിട്ടി ചവിട്ടിയപ്പോ അവിടെ നുറന്നു നുപറ നേരത്തെ ശരം പ്രയോഗിച്ചു പ്രയപൂടി കാലം എടുത്തു അതേ പഴയ പോലെ അറിവില്ല ശരം വന്ന് കൊണ്ടു അതോടുകൂടി വീണപ്പോ ആദ്യം കൊടുത്തു പട്ടാകൃതിയിൽ വൃട്ടാകൃതിയിൽ തന്നെയാണ് അപ്പോ കാണുള്ളത് കൊണ്ട് വരുന്നു ഈ വാലുംബല ചവിട്ടലും ശരം പ്രയോഗിക്കലും ഒക്കെ ഒന്നിച്ചു ശര പ്രയോഗിച്ചോടുകൂടി ഏഴ് വൃക്ഷങ്ങളും മുറിഞ്ഞ ഭൂമിയിൽ അങ്ങ് ഇതങ്ങോ സുഗ്രീവൻ ഒരു ശരം കൊണ്ടാണ് ഏഴ് വൃക്ഷങ്ങളും പതിപ്പിച്ചിരിക്കണത് ഒരൊറ്റ ശരം വൃത്താകൃതിയിൽ നിൽക്കണതായിട്ടുള്ള വൃക്ഷങ്ങളാണ് മറിഞ്ഞു വീണക്കുന്നത് അത്യത്ഭുതം അത്യത്ഭുതം എല്ലാവർക്കും കാണുന്നവർക്ക് മുഴുവൻ അത്ഭുത ഈ പരമാർത്ഥം അറിയണവരില്ല പൂർവ്വമായിട്ടുള്ള ആളുകൾക്ക് ദിവ്യന്മാർക്ക് അറിയാൻ സാധ്യവുള്ളൂ ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ പഠിപ്പിച്ചു അപ്പൊ സമയത്തെങ്കിൽ വിശ്വാസ ഉറച്ചു ഇതുവരെ മനസ്സിലാണോ വിശ്വാസം ഉറച്ചില്ല ഓരോന്നും കാണുമ്പോ പരിഭ്രമ ബാലിയെ ഗ്രഹിക്കാൻ കഴിവ് അദ്ദേഹത്തിന് ഉണ്ടോ ഉണ്ടോ ബാഹിയുടെ പരാക്രമാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ പരമാർത്ഥം എന്നുള്ള ഭാര്യ ഉണ്ടായിരുന്നത് ഈ സബ്ദ താരങ്ങളാണ് പതിച്ചു കഴിഞ്ഞപ്പോ വിശ്വസ്ത സ്വീശ്വരാൻ അല്ലേ എന്നോ വിശ്വസ്തീശ്വരെ പൂജിച്ചു വേഗം കഴിഞ്ഞോട് പോയിട്ട് സുഗ്രീവൻ ആ ഭഗവാന്റെ കാക്കൻ നമ്മുടെ അനുഗ്രഹിച്ചതിന്റെ ശേഷം ഒറ്റ പരിഭ്രമിക്കേണ്ട നേരെ ഭഗവാൻ അനുവാദം അനുവാദത്തോടു കൂടിയിട്ട് അവരോടുകൂടി അവരെന്ന് പറഞ്ഞാര ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും രണ്ടുപേരും മറ്റുള്ള വനരന്മാരൊക്കെ കുറച്ച് ദൂരെയായിട്ട് രണ്ടുപേരോടുകൂടി നിങ്ങൾ ചെല്ലണത് എങ്ങനെയാ ഭീമനിരതം ഗർജ ഭീമനിരതമാകും വേണം അതിഭയങ്കരമായുള്ള ശബ്ദം അതിക്രൂരമായുള്ള ശബ്ദം സിംഹനാഥൻ ചെയ്തുകൊണ്ടാ കടപതി സിംഹനാഥവും ചെയ്തുകൊണ്ട് മനസ്സിന് ഉറച്ചു വിശ്വാസായി ഇദ്ദേഹത്തിനെ കൊണ്ട് നിഗ്രഹിക്കാൻ നല്ലപോലെ മനസ്സിലാണോ ഓർക്ക സിംഹനാഥം ചെയ്തുകൊണ്ട് കിഷ്കിന്ധയുടെ ഗോപുരദ്വാരത്തെ അവിടെ എങ്ങനെ ചെന്നു ചെന്നു തന്നെയല്ല കിഷ്കിന്ധേക്കടക്കങ്ങട്ട് എത്തിയല്ലോ എത്തിയപ്പോ ജ്യേഷ്ഠനെ ഓർക്ക സിംഹനാഥൻ ചെയ്തുകൊണ്ട് യുദ്ധത്തിനെ വിളിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത് ചെന്നവിടെ എത്തിയപ്പോ അദ്ദേഹത്തിനോട് തൻ്റെ മനസ്സിലുള്ളത് പറയണല്ലോ പിന്നെ ഓർക്ക വിളിച്ചങ്ങട്ട് പറഞ്ഞു അപരാധമനുദ്ദിശ്യ പരി വിഭോ ബുദ്ധേദുശ്രൂഷം ഇച്ചതി അഷൻ എന്താണെങ്കിൽ അനുജനായിട്ടുള്ള അങ് അടിയനെ പരിചയ ഉപേക്ഷിച്ചേക്കുന്നു അടിയന്റെ അനുജനായിട്ടുള്ള ആളാണ് അവിടത്തോട് അത്രമാത്രം ബഹുമാനമുള്ള ആള് സ്നേഹമുള്ള ആള് അങ്ങനെയുള്ള അടിയനെ ഉപേക്ഷിച്ചു എന്തായാലും എങ്ങനെയാ അപരാധമനുദ്ദേശ അപരാധത്തെ അനുദ്ദേഹിച്ചിട്ട് ലേശം പോലും കണക്കാക്കാതെ കണ്ട് എന്താണ് അപരാധം അപരാധമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ് ആലോചിച്ചിട്ടില്ല മങ്ങയുടെ മനസ്സിൽ എന്തെന്നില്ലാത്തേക്കുണ്ട് പോകുന്നു കോപം വന്നപ്പോ എന്താണ് അടിയൻ ചെയ്തത് പരമാർത്ഥം എന്താണ് പോകുക അങ്ങ് അന്വേഷിക്കുക അന്വേഷിക്കാതെ കണ്ട് അങ്ങയുടെ മനസ്സിലുണ്ടായ കോപത്തിന്റെ ആധിക്യം കൊണ്ട് പരിത്യകഥയാ അങ്ങയാൽ പരിത്യകതനായി എന്തായാലും കാണണം എന്നാണ് വിഭവ വിഭുവാണ് സപ്ശക്തനാണ് എന്ത് ചെയ്യാം വൈഭവത്തോട് കൂടിയിട്ടുള്ള ആളാണ് അല്ലേ ാരും തന്നെ അങ്ങയോട് എന്താ ചെയ്യണെന്ന് ചോദിക്കില്ല എന്തിനും പ്രാപ്തനാണ് പ്രഭോ പ്രഭുവായിട്ടുള്ള ആള് രാജേഷൻ അങ് അങ്ങനെയുള്ള സുഗ്രീവാ ഉപേക്ഷിച്ച സുഗ്രീവൻ ഇപ്പോ ഇപ്പോ അങ്ങയുടെ സമീപത്തെങ്കിലേക്ക് എത്തിയേക്കണോ ഗോപുരദ്വാരത്തെ എത്തിയേക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഇന്തിനവില്ൂഷും ശുശ്രൂഷയെ ചെയ്യാനായിട്ട് അങ്ങയുടെ പാദ ശുശ്രൂഷ എന്താ കാരണം അടിയന് ഉറപ്പുണ്ട് ഒരു അപരാധവും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇത്രയങ്കം അങ്ങയുടെ പാദ ശുശ്രൂഷ കഴിഞ്ഞു ചെയ്തുകൊണ്ടാണ് ഇവിടെ കൂടിയേക്കുന്നത് അങ്ങയുടെ പാദ ശുശ്രൂക്കണം അങ്ങയെ ശുശ്രൂഷിക്കണം അങ്ങയെ ശുശ്രൂഷിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ സമീപത്തെങ്കിലെത്തിക്കുന്നു എങ്ങനെയുള്ള ശുശ്രൂഷ വേണ്ടി വരിക എന്ന് അടിയന്റെ മനസ്സിൽ തോന്നുന്നു എന്ത് കഴിഞ്ഞില്ല യുദ്ധേ തൊൽപാദ ശുശ്രൂഷം യുദ്ധത്തിങ്ക യുദ്ധം ചെയ്യ അങ്ങ് അടിയനെ അതിൻ്റെ അടിയന്റെ നേരെ യുദ്ധത്തിനായിട്ട് വരുമ്പഴും അനിതനായിട്ട് അങ്ങയുടെ പാത ശിച്ചു ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങയുടെ സമീപത്തെ കലയ്ക്ക് വന്നേക്കണുഷൻ ഒരു കാരണവും കൂടാതെ കണ്ട് ആതായിട്ടുള്ള അവിടെ തനുജനായിട്ട് സുഗ്രീവൻ യുദ്ധത്തിലാണെങ്കിലും വേണ്ടില്ല അങ്ങയുടെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്തിയേക്കുന്നു എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു ഇതാണ് മനസ്സിലുള്ളതാണ് പറഞ്ഞത് എഷ്ടനോടാ ബഹുമാന ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും സുഗ്രീവന്റെ മനസ്സിൽ യുദ്ധം ചെയ്യണമെന്നല്ല വിചാരം ണെങ്കിലും യുദ്ധത്തിനായിട്ട് വരൂന്നല്ല അങ്ങയുടെ പാകശൂ ചെയ്യാനായിട്ട് വന്നേക്കണു എന്നു നിന്ന് വിളിച്ച് ഇങ്ങനെ സുഗ്രീവൻ ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് വിശ്വസ്തനായി ഭഗവാന് വലിയ കഴിവുണ്ട് എന്ന് മനസ്സിൽ മാർഗമധ്യത്തിൽ ബുന്ദൂബിയുടെ ശവശരീരം കണ്ടപ്പോളും പരിഭ്രമണ്ടായി കൃഷ്ണിന്ധയുടെ സമീപത്തെങ്കിലെത്തിയപ്പോൾ സബ്ദശാലങ്ങളെ കണ്ടപ്പോഴും മനസ്സിൽ ഇല്ലാണ്ട് ഭാര്യയെ കുറിച്ചുകൊണ്ട് ഭയം ഉണ്ടായി ഇതെല്ലാം പരിഹരിച്ചതിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ബാലിയെ ഒരു യുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമോണ്ട് ഓരോരോ വാക്കുകൾ പറഞ്ഞ് യുദ്ധം കൊണ്ട് ഇങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഭേതുവായിട്ട് സുഗ്രീവൻ ഗോപുരദ്വാര ബാലിയെ യുദ്ധത്തിനായി കൊണ്ടു വിളിച്ച് സിംഹാനാഥും ജീതും കൊണ്ട് വർത്തിച്ചത് പ്രകാരമെല്ലാം ഇരിക്കുന്നു ഭഗവാൻ